എല്ലാ മീനേക്ക് നോക്കീട്ട് മക്കൾ ഈന്ന് പറഞ്ഞു അപ്പൊ തമ്മിൽ തൂന്നു വരണം ഇന്നാമത്തെ ഫുള്ന്നും വരണം അവ താഴോടുകൂടി മക്കളുടെ താഴണം എന്ന് പറഞ്ഞ ജീവ് നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞു താഴെ കലാസിയല്ലാത്തി ആരൊക്കെ ഓൻ ആദീഷപ്പെടേണ്ടി നാടന്മാരുടെ കലാസില്ല അള്ളാഹ്ലി തെരഞ്ഞെടുത്ത് നിങ്ങളെ മേടിക്കലാ ആരാന്നില്ല അപ്പൊ താതിവിടെയുള്ളൂ എല്ലാം അന്ത്യാക്കടം പോലത്തെ മാത്രമേ ഉള്ളൂ അതാത്തില്ലായി അയൽബിയായി അന്നാ അന്ത്യാക്രമത്തിൽ തലാത്തിലേക്ക് ചേർത്തിട്ട് ഏത് കഴിതള്ളൂ അല്ല മക്കോടത്തിൽ വിധിയും എന്നുള്ളൂ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ മാത്രമായി നമ്മക്കോലത്തെ തലത്തിൽ നമ്മത്തിൽ നമ്മളോ ആദിക്കുന്നില്ല അതൊന്നുമില്ല മാലിന്യത്തിൽ ആദരിക്കണം എന്നുള്ള കൈ നോക്കാൻ പറ്റും നോക്കണ്ടു നോക്കണ്ട അത് നക് നോക്കണ്ടില്ല താസം അപ്പൊ നമ്മുടെ മട്ടിലെന്തോ ഒരു പൈത ഉപ്പത്തില്ല വന്നിട്ടുള്ളൂ ഇനി ബാറാണെ കൊള്ള ചേർത്താടോ മരക്കിയ കൊള്ള ചേർത്തിട്ടുണ്ട് മഷറിനെ കൊള്ള ചേർത്തിട്ടുണ്ട് പലയെ കൊള്ളിൽ ചേർക്കപ്പെടലുണ്ട് അതിന്റെ മൊത്തം ഒന്നും ഇവിടെ പറഞ്ഞില്ല അത് ചാദി പറയുന്ന വമ്മാൻ പത്തില്ലാ അമ്മാവത്താലാത്തവടെ കൊള്ള ചെറുത്താൽ ഈ സായു മസുഖക്കാത്തിനായി സായു മസുഖക്കെട്ട് ആണ് അങ്ങനെ ഉണിനി കൊള്ള ചേർത്തങ്ങൾക്കില്ല മരക്കണക്കുള്ള ചെറുത്തേ അവിടെ പണിയാലാ മാന അല്ല സ്ത്രീ അസ്ലീ ആ മാന മാത്രമേ വെതുവത് അതായത് കൊണ്ട് ദ്വാരക്കല്ല നീ അത്തം വെറുതെ തീർന്നു എനിക്ക് പരാസങ്ങൾ ഉള്ളത് അന്നാന്റെ തലാർത്ഥത്തിന് മിത വരുത്തത് മലയാക്കത്തിന്റെ തലാർത്ഥത്തിന് മിത വരപ്പത് നമ്മളത്തിന്റെ തലാർത്തന മിതയിലത് അങ്ങനെയുള്ളത് അല്ല ഒരച്ചിന് മാനാത്തുള്ളൂ അച്ഛനും മാനാത്തത് ഇന്നത്തെ വിധങ്ങളാ രീതിയിലെ തിരിച്ചുള്ളതാണോ इस्तराकन दन इस्तराक मालेबी या इस्तराक लफ्जी हुम अपन द माने के रोजी ना अर्थन थो अब इस्तराक लफ्जी या इस्तराक मालेबी यानो ने खिलाफ न मुतालन मुस्तराकन पुलाम वक्तु वक्तु तफरक बिस्तराति हई नि या मुस्तराकन लफ्जी लफ्जी या मुस्तराकन मालेबी यानो द पनिया मुस्तराकन अवसर तिलंदागम तादा वदहु अदिन वदानादुदा ज अल्लाह सुब्हानहू इस्तराकन नि पर लफागन तनेच മലയാളത്തിന്റെ തലാസി മാനവ്യാനവസരത്തിൽ എല്ലാവരും കൂടി കഥകുസ്തരത്തിൽ വ്യക്തമായ നോക്കുക ഈ കഥടമുസ്തരക്ക് ഇയാള് പറയുമ്പോൾ ഇങ്ങനെ ഇയാള് പറയുമ്പോൾ ഇങ്ങനെ ഇവടെ പറയുമ്പോൾ ഇങ്ങനെ എല്ലാത്ത നോക്കാം ഒരു മനവിഷ്ഠ വിവിധങ്ങളായ മയം തിരിച്ചുവിട്ടോ അങ്ങനെ നോക്കിയിട്ട് ാണ് മുസ് ആണെന്നാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് കാര്യം പറയുന്നു അസവാബ് എന്റെ അടുത്തുള്ളത് അന്നസാത്ത ലോകത്തെ സദാ തോന്നുന്നത് ഒരു അച്ചമാന മാത്രമേ ഉള്ളൂ താകില്ല ഒറ്റമാനകളെ ബഹുവലിൻ്റെ അത്തുപ്പൂ ഒരു കൂറു പുലർത്തൽ എന്റെ അച്ഛനേ ഉള്ളൂ അത് അമ്മ കൂറു എന്തായിരിക്കും മാരാജത്തെ കൂറു എന്തായിരിക്കും മുമ്പെ കൂറു എന്തായിരിക്കും ഇത് അത് വയ്യ പറഞ്ഞോളാം അപ്പൊ ഉമേക്കാകുന്നില്ല മഹുവൻ അതിപ്പു അതിപ്പു എന്നുള്ളതാണ് അത് ഞാനിൻ്റെ മാനസികമായ കോവർത്തത് ഓരോന്നുള്ളത് പറയുന്ന മലയാളത്തിലേക്ക് ആറമിലേക്ക് മത്തിബച്ചുടാ അർത്ഥമുണ്ട് കലാമം തമ്മിൽ ഈ സമിതിയുടെ കലാമുണ്ട് അബ്ദുൽ സലാമിന്റെ സലഹ് ജവഹർ പറഞ്ഞു ആസിൽ അമീർ ജവഹർ പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല അമീർ അബ്ദുൽ സലാമിന്റെ കറഹിന്റെ വേണ്ടി അമീർ ഹാറ്റ് ചെയ്തിട്ടുണ്ട് ഹാസ്യത്തിൽ അമീർന്നു ആ അത് നമ്മൾ ചെയ്ത് എവിടെ പ്രസിദ്ധമായ കരഹങ്ങൾ നോക്കിയിട്ടാണ് ആദി സാബുണ്ടാക്കിയത് എത്ര അബ്ദുൽ സലാമിന്റെ ഹാഷിയ കറഹ് അല്ല അമീറിന്റെ ഹാഷിയുണ്ട് ആ അദ്ദേഹത്തിനാമത് അദ്ദേഹത്തിന് മകനും ഞാൻ തോന്നുന്നു മകനാണെന്ന് കേസന സാമീറ് സാമിമാമിന്റെ സ്വാഭിമാമൻ ആശുണ്ടല്ലേ നല്ലോണം അതെ ദിവസം ഷോട്ട് അപ്പൊ ആ തനിയത്വണോട് പറഞ്ഞത് വർഷത്തിനെയും മൂന്ന് അല്ലെ ആ തനയ്യത്ത ആരൊക്കെ പറഞ്ഞിട്ടില്ല അല്ലാതെ കനിയത്താണോ നമ്മുടെ കനിയത്താണോ ആന്മാക്കി അത് നിരന്തായി വന്നു കഴിഞ്ഞാൽ അല്ലാതെ കടക്കലാക്കുന്ന സഹിത്തം എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെ അഭിമുഖ കലാമുകൊണ്ട് അവർക്കെന്നു നമുക്ക് രാത്രിയുടെ മുഖാന് വീട്ടാനും ബന്ധിമുട്ടാക്കുന്നു ബന്ധിമുട്ടാ കൂട്ടിക്കൊണ്ടാന്ന് എന്നിട്ട് പട്ടികളെ താമസിയപ്പൊ അത്രമാരേക്ക് അയ്യോഹൻ നബി കുറഞ്ഞിട്ടുണ്ടാകും അത് വരുമാനം അല്ലോ ചോദിച്ചല്ലോ അനീനെത്താ ഏ ല്ല തലാത്ത് മഴ തലാത്തിൽ കൊടുക്കുന്ന അവസ്ഥ അനുകൂലമായിട്ടൊന്നും അലവിട്ട വരിക അത് അർത്ഥം ആണെങ്കിൽ വാനാത്തുള്ള തലാത്തെന്നാണ് ഇവിടെ അനകുണ്ടാക്കുന്ന രക്ഷി അത് കുത്തുസിയെ താങ്കൾ തന്നാത്ത അനകണ്ടാകും വാർന്നോ അല്ല ചില മഴ പൊപ്പിച്ചല്ല നെപ്പിച്ചിട്ട് ചില പറഞ്ഞു ും പറഞ്ഞിട്ടല്ലേ ചെറുതുകൊണ്ടെന്ന് പറയാമോ സാധാട്ടാണെന്ന് പറയണ്ടത് കൊണ്ടുപോകേ നമ്മളെടുക്കണം എന്നതുമാണ് ജവാബിന്റങ്ങണം എന്നല്ല കരിൽ കൊണ്ടുള്ള ശബ്ദ കൊണ്ടുള്ള അനാന്ന് പറയുന്നത് എന്ന ലാത്തിന്റെ ലപ്പള്ളത് ആ മാനാട്ടന്റെ മസിലേ അദ്ദേഹം അതിന് നോക്കാൻ മഹന്റെ മാനം കിട്ടും എന്നുള്ള ലയോഗം ഉണ്ടോ അതുകൊണ്ട് കൈ ഡാമവും അയിൻപ്രയോഗം അൽകാബനി അൻവാന സലവതു കൊണ്ടാനെങ്കിൽ വ സായിയതഅദ്ദീഹി അലാ അറബന്ദുൻ ഉത്തറസൽ മാബിബാബുള്ളാഹി ഖുർആനിൽ ഇസല്ലൂ അലന്നബി യാ അയ്യുഹല്ലദീന അംന സല്ലു അലൈഹി അല്ലാഹു പറയുന്നു അവാംഗൻ സല്ലേനോട് അൻവാന അൽഅമതറണ്ടയേത് ജീൻ പാസി ഈ മൈന സൻദൈദഹൂന സല്ലത്തു അലൈഹി നബിയു സല്ലല്ലഹു അലൈഹി പറയുക വായു ഇത്തഹ 40 ഇത്തഹുന്ന മഗറ സല്ലേതുനമു ും സണ്ണീപ്പ് അരയിൽ വേറെ നടക്കണത് സന്നീപ്പിലെ കൂടെ വഴികൾ നടക്കുന്നുണ്ട് അരണത്തി നടക്കുന്നുണ്ട് സ്ഥലത്തിനെ കൊണ്ടു നോൺ അംഗീകരിച്ചു നടക്കുന്നത് കണ്ട് വണ്ണീസം സാധ്യത ലാബ് കൊണ്ടാണ് സാധ്യത സാധ്യത ഇങ്ങനെ ബീന്ന് പറഞ്ഞ് നോക്കാം അപ്പൊ ഇന്ന ബി ലാബ് പറഞ്ഞു നടത്തമിട്ടത് ആനാവും കാലങ്ങളൊക്കെ നടത്തമിട്ട് ആന പറഞ്ഞിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഇത് മരവീയല്ലേ പറഞ്ഞാൽ നടത്തുന്നു അല്ലെങ്കിൽ അഴകന അതിന്റെ വഴി കാണണം എന്നാൽ ആ അടുത്ത് പറയുമ്പോൾ അല്ലാതെ അത് കായിക അയാൾ തന്നെ നടക്കുന്നേ അപ്പൊ കായിക ഇല്ലല്ലോ അപ്പൊ ഇന്നിയാണല്ലേ വരാൻ കൊണ്ടാണേക്കും പറ്റും ഭാര്യ മക്കളായും ഒന്നും നല്ല പറ്റില്ല എണ്ണി പക്ഷേ അന്നനെ എന്ന് പറയുമ്പോൾ അടിക്കാൻ അന്നാറത്തെ അതിൽ ഇനി അത് കാലി കാര്യ അല്ലാതെ നടക്കുള്ളൂ അതോ പിന്നെ പറഞ്ഞോളൂ ലോകത്താകെ പറഞ്ഞത് നമ്മൾ ലോകമായു നബിയേറുന്ന ഖബറായ അതലബീക്കനന ഉനികുൽ മുഖ്ബറൈ അലഗൽ മുഖ്ബറൻ അറബ അന്ദർ കൊമ യായടക നബിയാന അഹ്ലേ നഖ്ബൽ നൗ മർഖുൽ റുത്ബതൈ അലൈഹി മതയ റുത്ബതൈ റഫഅ റുത്ബതൻ അയാ കൊണ്ട നൗഹായൻ ഹദൈത് അവദ റുത്ബതൻ ഇൻസാന ഇൻനന കദിനന്ത ഔസ്വാജി ജീൻ ഗർപോ ജീൻ വലാ വൽ കോണ്ട നഖ്ബൽ അറന ഖതാബൻ ഹർ ജഅൻ ഹർ ജഅൻ ഹ ആ നല്ല കടകുണ്ടല്ലേ കട ايضا انا في ديني هذا هو باب انا قاعد عم بقدر انا هاشم في ورانا اللي تساوي انا مش بقدر اورا ما اورا هيدي انت على بالي انت عم ما كان انا بقول يا بني ان كنتم ولا ابدون وتنظروا في ابي ربنا وما كان لك عير مننا ان كنتم فاشط بنو عير لله نبي عير لله فتوائل لله അതേ കരുപണി ഡോക്ടർ തന്നെ കൈവണ് വളരെ അത് അതും മെഡിയായിരുന്നില്ല എന്ന കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ കൂട്ടായിരുന്നു പോയി പിന്നെ അവ ശബ്ദം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ശബ്ദം പാട്ടിട്ടുണ്ടല്ലോ നദി പാട്ടിട്ട് പറ്റി മെഡിയാവില്ല ആ കുട്ടിയില്ല അത ശരി കൂടെ അത് ആരൊക്കെ നമ്മളീ പറഞ്ഞിട്ടില്ല അല്ലാതൽ നിന്ന് ആട്ടാമമായിട്ട് ആ അക്കൽ എന്നാൽ വാങ്ങിന് വായാൻ അല്ലാതെ ഉണ്ടാക്കും ആട്ടാമമായ അവര് വെച്ച് അയച്ചു കൊടുക്കാം കൊണ്ട് കൊടുക്കുന്ന വഴിയായ കൊണ്ടുവയ്ക്കാൻ തരത്തിലുണ്ടാവണം ആളിണ്ടാവും പല തരത്തിലാകും മരക്കി മരക്കിന്റെ വാതിൽ വരുകാരി വാസത്തെയും ഇല്ലാതെ അമ്മ മുക്കാരം ആവാം മോന വസാരം ആവാം മോനും പസാറ തമ്പിൽ മന മനാമിൽ മാറാ നാല് ഏഴാമ്പ് ഈ മലത്തിനെ തന്നെ മലച്ചു മരക്കാരി രീതിയിൽ ഒരിക്കണം ഇത് ഒന്നാമത്തെ മഴസിനെ ഭക്ഷണ കോരത്തിലാക്കി ഇല്ലാത്തത് അത് മറ്റു കോടം ഇത് ശബ്ദം മാത്രം എല്ലാം ആ ശബ്ദത്തിൽ ഇല്ലാത്ത ആ തലത്തിൽ ഒരു ശബ്ദം ഒരു മണി വടക്കം ആ മണിമടക്കെ ഇജിമാല കഴിക്കും പോയാൽ സത്തി മാറും ആണെന്ന് ഒത്തിരി കൊണ്ട് എത്ര എളുപ്പമുള്ളത് മനുഷ്യന്റെ കോടി വരിക അപ്പൊ തങ്ങൾക്ക് പട്ടണിക്കുന്ന ആസ്വദി ആ പദവിണ്ടാവും വരില്ല ആരും മാത്രണ്ടെങ്കിൽ മണത്തിന്റെ പദവി കിട്ടുമ്പോൾ മണക്കുകൾ തിളങ്ങുകയും തങ്ങളുടെ അല്പം കയറുകയും പണമിയിൽ ആവാതി വിളിക്കാൻ പറ്റും അതോ ശരീരത്തിന് പ്രവർത്തിക്കാറുണ്ട് നടക്കുറങ്ങും അയാളാണ് കിടപ്പാണ് മാറ്റി ഇല്ലാണ്ട് കിട്ടുമ്പോൾ അത് നേരിട്ടെന്ന് മുത്തരത്തമാകണ്ട അതാണ് അവർക്ക് കൂടി പറയുന്നത് മുക്കാല മക്കൾക്ക് ഇത്തിൻ്റെ തോന്നണം മനാമുച്ചാണ് അയളെടുക്കുന്നത് രണ്ടൻ പോലെ എടുക്കാം ഒന്ന് മനാമോ ഒന്ന് മട്ടന്റെ പോലത്തെ ബെസ്റ്റ് കറുപ്പം കൂടിയത് കൊന്നു മെളക്കിന്റെ മറിലേക്ക് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് നേരം ഉണ്ടാകാൻ നോക്കും റസോൺ അഞ്ചു അധികം അതികുളയ്ക്ക് എല്ലാവരും റസോഡും വലിയ ഒരാട്ട എന്നെച്ചാ വലിയ നടക്കും മതി ബാമ്പിറ്റി ബാഗേ ആക്സ്റ്റാവും മതി ആക്സൻ്റ് തന്നെയാണ് പുള്ളി ആക്സന്റ് ആണ് അവനക്കാൻ വനായം അതിന്റെ അല ഹോ കിതാ ഓർത്ത് പ്രത്യേക കിതാബ് ഉണ്ടാകാൻ ആദ്യമുണ്ടോ അതില്ലാണോ അങ്ങനെയാണ് കുറെ ജാമ്യ ജാമ്യം അതുകൊണ്ട് നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് മോശം കിതാബ് കാണേ അവ എല്ലാവരും കിതാബ് കെച്ചാൽ നാലാറേ റസ് ഉള്ളു അതേ വെച്ചാൽ ജാമ്യം കൂടി ഞങ്ങൾ കണ്ടിപ്പോ മഹാദാകൻ മസോറും അതാണ് മസോറോം തന്നെ വക്കീല ഒരു കീലുണ്ട് അന്നപിന്നി വർ റസോരും ഉത്തരാധിപ്പാടി നദീസും ഒരേ മാനാകരങ്ങനെയാണ് ഒന്നുമില്ല നല്ല ഒന്നെയാണ് വക്കീല അറസോറും മറ്റു കഴിയാൻ നല്ല മൺകാരുടെ ചളവും പുതിയ ചളറും പോകണം ഒരു പിത്താബും പോകണം അപ്പൊ കടക്കും പോകുന്നു അങ്ങനെയാണെങ്കിൽ കൃത്യത്തിന് അസൂരം ഉള്ളത് പൊടി പറയുന്നില്ല അങ്ങനെ കിട്ടാബുകൾ വന്നാൽ മുമ്പോട്ടേക്ക് കാലത്തൊന്ന് വിടാൻ വന്നു തൊള്ളാ കൊടുക്കാം എന്നിട്ടോ മൂന്നാമത്തെ തൊള്ളാ ഓടിക്കാണ്ട് കിട്ടാ ഓടിക്കൊള്ളൂ അതല്ല ചിലവുകൾ തന്നെ ടോണോട്ട് ആക്കാമെന്ന് അത്രയും ചോദിച്ചു വിടണം വന്നു അപ്പൊ ഞാൻ വേണ്ടി കൊണ്ടും ചോദ്യം നിങ്ങൾ ഇപ്പൊ താനീ പറഞ്ഞ നോക്കുമ്പോ അങ്ങനെ മെച്ചമാരുടെ കൂട്ടത്തിൽ നിന്നാണ് മലയത്തിന്റെ കൂട്ടത്തിൽ റസോലില്ല നിങ്ങളുടെ അരിപ്പുള്ള മെൻഷൻമാരുടെ കൂട്ടത്തിൽ മാത്രം അത്രന്നൊക്കെ പറയുന്ന മെച്ചന്മാരുടെ വന്നിട്ടുണ്ട് മലയാളത്തിന്റെ കൂട്ടത്തില് വന്നിട്ടില്ല അത് നമ്മൾ താനിപ്പുറം വേറെ പേരാണ് ഈ ലോകത്തിലേക്ക് വന്ന റസോലിനി നമ്മളുടെ തരിപ്പം നിങ്ങളുടെ ആരംഭം മലയാളത്തിന്റെ അടിപൊളി പറത്തില്ല അരിപ്പുഴ അത്രയും കിട്ടില്ല നിങ്ങളുടെ റസൂലിനെ മുദ്രക്കാരല്ലേ പറഞ്ഞത് അള്ളാഹ് മേൽമലായിക്കട്ട ഉത്തരൻ ഗമിതനാക്കി എന്നുള്ളത് ആയത്ത് ബൂട്ടിയും അന്നെ എപ്പോഴും അൻ വലക്കുകളിൽ നിന്നും വൃത്തമുണ്ട് എന്നാണല്ലോ പാലോപ്പിച്ചത് ഏഹ് കുടുംബത്തിലാകത്തായിട്ട് അറിയിപ്പ് ജാമ്യാതെ പോയില്ലേ അരിപ്പ് ഇല്ല താരത്തില്ല വേറെ അതിന് പറഞ്ഞത് പുതിയ ൊക്കെ നമ്മുടെ കൂട്ടത്തില് വലായകത്തിന് മുകളിലെ മറക്കാൻ പോലും അവർ പറഞ്ഞു തകരിയുടെ അത് വലായകത്തിൽ തകരി പച്ച മനുഷ്യൻമാക്കുള്ള മുതലുകൾ കെട്ടിക്കാറാണ് അതുകൊണ്ട് തന്നെ നൽകപ്പെട്ടാണെന്നു വാർത്ത പറഞ്ഞുകൊടുക്കുന്നു വാർത്ത നൽകപ്പെട്ട ആള് നൽകപ്പെട്ട ആളാണ് ഇസ്മോരായി അപ്പൊ അന്നാന്റെ വക്കല് പ്രത്യേകം മഹേജ് വന്നു അർത്ഥത്തിന് പിന്നെ വാർത്ത പറഞ്ഞുകൊടുക്കുന്ന ആള് പറയുമ്പോൾ എന്റെ കയ്യിൽ ഹിസ്മോ ഫായിലായി അന്നേരം എനിക്ക് ഇന്ന് ഇന്ന് അറക്കാമ്പോൾ അത് നിങ്ങൾ അനുസരിക്കണം ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളായില്ലേ അതാണല്ലോ അപ്പൊ അവിടെ ഇഷ്ട വരുന്നുണ്ട് റസൂൽ ആയിട്ടില്ല നബി മാത്രമേ ആയിട്ടുള്ളൂന്ന് വെക്കാം അന്നാ പാടിപ്പൊ ഫിലാക്കാൻ കഴിയില്ലല്ലോ തവളി പോക്കില്ലല്ലോ അതാണ് പറയുന്നത് ഇൽത്തഭിമാനൽ ഫായാലോടെ ചെറാൻ ഞാൻ വഹിക്കുന്നു ഇല്ലേ ഇപ്പൊ ഈ ഒക്കെ എല്ലാ ദിവസം പെരുതി പിടിക്കില്ല ഈ പുള്ളം മാളിനെ കഷ്ടിപ്പല്ല അപ്പൊ انه ইলম נק رسولا النبي يا ور رسولا ইলلنگلي فليس محمورا بالاخبار اخباروند محمور لالهن اپول اسم فاعل اتاں گئيل لالهن ما فلا تلحرو تسميه توهين اديني اسم فاعل اتاں وصلت ادسميتكن لا اين وجيب ان بني انه مامورم باخبار الناس انه نبين نانو نبيانه ان اخبار الناسوند گلبنند നബിയാണെന്ന് എല്ലാവരും പറയണോ മറ്റുള്ള കാര്യമൊന്നും പറയണമെന്നില്ല മമ്മൂറാണ് ബിഹ്വാൻ ജനങ്ങളോട് വാർത്താനം പറയണോന്ന് എന്താ പറയണ്ടത് അന്നഹോ നബീൻ ഓരോ നബിയാണ് എന്ന് വാർത്ത പറയാത്തിനല്ലോ ഹെത്രം ആണ് ആളെല്ലോ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നബുമത്തിൽ നിന്ന് പിടിച്ചു എന്നും പറയുന്നു അന്നഅഹു നബീഹുൻ ഞാൻ നബുബത്തിൽ നിന്ന് പിടിച്ചത് നബൂബത്തിന്റെ വേന എന്താ അരുതി തൂന്ന ഉയർച്ച എന്നിട്ടോ കൊലിബത്തിൽ വാവുചാൻ എന്നിട്ടോ നബീ വീണെ വാവനെ പിടിച്ച് ജാഗാക്കി അമ്പേ പറഞ്ഞുകൊടുക്കലുണ്ട് സയ്യിദിനോടെ പറഞ്ഞിട്ടുണ്ട് നബീനോടെ പറഞ്ഞിട്ടുണ്ട് മൗതികത്തിനാൽ ഞാൻ ഇത് കമ്പക്കാം അപ്പൊ നബീ ഗീണ അപ്പോൾ തന്നെ ഇസ്മ ഫാ ഇസ്മോലാണ് അപ്പൊ ഇസ്മഹലാകുമ്പോൾ ഉയർത്തപ്പെട്ടവർ സ്ഥാനം ഉയർത്തപ്പെട്ടവർ മറ്റേതാകുമ്പോ സ്ഥാനം ഉയർത്തി കൊടുക്കുന്ന ആള് പായലാക്കുമ്പോൾ രണ്ടുണ്ട് അനുസരിച്ച് മിനൻ നബുപത്തി പ്രമായണൻ നബിഞ്ഞ് ലുഖത്തൻ അൽമുറു തീ സ്ഥാനം ഉയർന്നാള് ഏതാനാക്കി വെച്ചു മഹൂലാക്കി വെച്ചാല് அவர் ராஃபு எல்லங்கோ ராஃபு உயர்த்தினானு அப்ப இஸ்ம ஃபைலாகி தி இமாம் அல் ராஃபி தஸ்ரிஃப் அல் அலின் டாரியோம் ஸையிதின்ட எல்லம் പറഞ്ഞிட்டேன் இது ரா மத்திது அது மே மமா கேன கோணாதா யுகாலு குண ஆற பர்ன லூனி பர்றது அது இருக்கே வரணும் அவ்ளோதாக்கி மர்ஃபு அல் ருதுபத்தி பி மனா மர்ஃபு அல் ருதுபத்தி மஹ்பர் தர்வில உள்ளக்கனே அங்க ஆயி முர்தஃபி ஹான் അതിനെ മുറത്തഫ് മറക്കബ റത്തനെ പിടിച്ചുപോക്കിയാലും പറയാലോ മറക്കൊത്ത് അമ്മ എന്നല്ലോത്ത് എന്നുള്ള പദവി ആർക്കാണോ നിലനിന്ന് ആ വ്യക്തി അർത്ഥത്തിനാണ് നല്ല ആൾ ഇങ്ങനെ സൃഷ്ടി ഇങ്ങനെ പൊക്കണമെന്നർത്ഥില്ല വല്ലത് ഹറോ അത് ഹറായ അഞ്ചക്കോല മൂത്തമായിരുന്നോ കമാക്കാല കൈതോ മറ്റുള്ള അയിമത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ പറയാ வரோ மரப்பர ருதுபத்தி என்ற வார்த்தेंगे ஆ உராதி ருதுபத்தி லிம リத்தபாயது ஃபாயிலாயி மர்ஃபூ மஃபூலாயி ரெண்டும் ஒரே அர்த்தம் கொடுக்க. അങ്ങനെ പറഞ്ഞു ಇರುವೆงil ನೇರ ಲೌಲವ ಐರುನು. ಮರப்பರ ರುதுಬಾ ಇಸ್ಮ ಮಫೂಲ ಅತಿ. ಔರಾತಿ ರುதுಬತಿ ಮನಿತ್ತಬಹು ಆಲбия ಆರಾನೋ ಹಿಂಬೆತ್ತಿದೆ ಅವರ ಎಲ್ಲಾ ರುதுಬೆ ಇರುವೆಲ್ಲ. ಇರುದೇ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഫഹവിമാൽ മസ്ഹൂലി ഫമസ്ഹല്ല മാനകൈ എത് മർഫൽ രുതുബത്ത് അൽഫായിലിന മാനകൈ റാഫിയു രുതുബ ലഫ് മറത്ര മുറതബായി വെച്ചോടാ അൽ മുത്തഫ മുത്തഫ അൽദിസ്മു വഫുലാന മിൻ ഇസ്തിഫായിലിന്ന ഇസ്തഫായ സഫീ ഇസ്തിഫാൻ എന്നല്ലേ അйна മാനന്ത അൽ ഇഖിയർ ഇന്നി നവനാ ഇസ്തിഫായിൻ എന്ന മാന ഇഖിയർ എന്നാണ് അപ്പോൾ മുത്തഫാന മാനേതായി മുഖ്താറൈ അതിന്റെ അസലെന്താണ് ശേഷം പിന്നെ അത് സ്വാദാക്കി എന്തിനാ ഇനി സ്വാദിനൊപ്പിക്കാൻ സ്വാദ് ഇപ്പം ഉള്ള അക്ഷരാണല്ലോ അതിന് ഇടയ്ക്കല്ലേ താവെന്ന് പോയത് അപ്പോൾ സ്വാദിന്റെ ജിനസിലേക്ക് മറിക്കണം താനെപ്പിടിച്ച് മറിക്കണം മുസ്വാ എന്നാ പറയാനുണ്ടാവും കൊലിബത്ത് ത്വാൻ കൊലിബ ത്വാൻ ആ താനെ പിടിച്ച് ത്വാഴാക്കി മറിച്ചതാണ് കായിരത്തിൽ മസുഹൂറ മസൂഹൂറായ കായിരത്തില്ലോ അറിയാം അടുത്ത സിപാത്തിന്റെ ജിസൊക്കെ മടിച്ച് മറിച്ചതാ പിന്നെ അപ്പൊ മായനാഹു അതിന്റെ അൽ മുഖ്താർ എന്നാണെന്ന് വെച്ചല്ലോ പതിനാലാമത്തെ ആ കിലാനത്തെ കബീലൻ അമ്മാഹു താലെ പ്രത്യേകമായി ഇതിന്റെ മഹത്വം കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇസ്മലിസ്ലാമിന്റെ മക്കൾ ഇന്ന് അതിനുമുമ്പ് മാറ്റുന്നുണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മക്കൾ ഇസ്മാലി അലഹി ഇസ്ലാമി തെരഞ്ഞെടുത്തു ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വസ്തഫ ഖുറൈസൻ ഇത് കുറൈസിനെ തെരഞ്ഞെടുത്തിടുന്ന രണ്ടായി വസ്തഫ മീൻ കുറൈസിൽ നിന്ന് ബനു ഹാഷിനെ തെരഞ്ഞെടുത്തു <تصفين> <تصفين> <سه~> <سه ി ബനി ഹാസിം എന്റെ അടുത്തോട് ഇവിടെ ഹജി ആണെന്ന് അപ്പോ എത്ര ഇസ്റ്റിഫാദ് നടത്തി ആക്കി ആക്കി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മക്കൾ ഇസ്മായി അലി ഇസ്ലാമിന്റെ ഇസ്മൽ ഇസ്ലാമിന്റെ മക്കൾശീൻ എടുത്ത് ഖുറൈസിന്ന് ബനി ഹാജിമിനെടുത്ത് ബനു ഹാസിമെന്ന് നബീസും അപ്പൊ എല്ലാട്ടുള്ള സ്വന്തം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ ഏറ്റവും ഹൈറാൽപ്പെട്ടവരാണ് من, من وره خيار الذين ورثوا ابي بن حاتم للنه من خيار عند قريش الذين انا باو ور ابيار وربر مددي كودي قطان من فانا خيار من خيار من خيار, خيار الاثنين خيار لا عنا خيرنا എന്താന്ന് ഒരു സിഫത്താന്ന് പോലും ആ സിഫത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തല്ലോ കൊടുക്കണോന്നുള്ള ആ താൽപ്പര്യം വന്നോളൂ അപ്പൊ എന്തായി സാത്തി ആ മാറി അല്ല കൊടുക്കൽ തന്നെ നോക്കിയാണെങ്കിലോ ഫീലിയാ സിഫത്തായി കൊടുക്കൽ അതാണ് പറയുന്ന വകുപ്പ് സിഫത്തും തക്കമ്പിൽ ഏറ്റാ കിറമ്പെന്നുള്ളത് ഏറ്റാവിനെ തേടുന്ന ഒരു സിഫത്താണ് അങ്ങനെ വെക്കുമ്പോൾ പഴക്കോട് സിഫത്ത് കാത്തായി ഇപ്പൊ കൌരുകവും മുത്തും പറഞ്ഞു ആ നഷ്ടാണോ എന്ന പഴക്കോന്ന് സിഫത്തെ എന്നാൽ ഇവിടെ എന്താണല്ലെന്നാ പറഞ്ഞത് രണ്ടുമല്ല സയ്യബിന്റെ ആനാക്ക് ഏറ്റവും നല്ലത് എന്നാ പറഞ്ഞത് എല്ലാ നിലക്കും ജാമ്യമായി സ്വഭാവത്താലും കുടുംബത്താലും നാഗർ കൊണ്ടും മാസും എല്ലാം സയീബായിട്ടെല്ലാം വന്നല്ലോ അവിടെ അൽസബ് ഹുന ഇവിടെ നല്ലത് ഏതാണ് സൈബ് ഇങ്ങനെ വളരെ കേൾക്കണ കണ്ടിട്ട് ഇല്ലാന്ന് സയ്യബുല്ലാണ് അതിന് നസീ കുടുംബം സഹീബാണത وقع له طيب الخلق ان رب لم تني يقولون وايكنم ما يحسنهم مخلا قال الله تعالى وانك على خلق عظيم എന്ന് പറഞ്ഞിട്ടുണ്ട് فقال صاحب البرد برنوا مونزح عن شديك في ما حادثني فدور الرسني غير منقتمي മുതൽ അവർന പ്രാദേശികം ഉണ്ടല്ലോ തങ്ങൾ ശരീരത്തൊട്ട് മനസ്സഹാണ് തങ്ങളുടെ എല്ലാ മഹാശനിലും അതുകൊണ്ട് ഹൃദിരന്റെ ജവഹർ തങ്ങളിൽ മിച്ചിടത്തോളം വേർമുങ്കമാണ് അത് ഓഹരി വെക്കപ്പെടുന്നതെല്ലാം ഫുൾ തങ്ങൾക്കാണ് മഹാത് വെച്ചാൽ സൈബിന്റെ മഹാസിനി മഹാസിനി ശൈലന്റെ മഹാസിനി സ്വഭാവത്തിന്റെ മഹാത്തിനി എല്ലാ മഹാസിനും പെട്ടല്ല وَقَالَ الْعَالِفُ بَرِيُنَّوْا وَعَجْمَلُ مِنْكَ لَمْ تَرَقَتُ عَيْدِي وَعَسَنُ مِنْكَ لَمْ تَلِدِ النِّسَاءُ قُنِقْتَ مُبَرَّأً مِّنْ كُلِّ عَيْبٍ كَأَنَّكَ كَدْ ظُلِقْتَكَ مَا تَشَاءُونَ وَعَجْمَلَ مِنْكَ تَنْغَ لَيْكَالِ جَمَالُ لَرَعَلَي ലംതറ കത്ത് ഐനി എൻ്റെ കണ്ണ് ഇതൊരു കണ്ണുട്ടനില്ല തങ്ങളേക്കാൾ അഹത്തനായവരെ ലംത നിസ ഊരച്ച പെണ്ണുങ്ങളും പ്രസവിച്ചിട്ടില്ല ഒരുക്കത്തെ മുമ്പ് വറം മിങ്കിൻ എല്ലാ ഐടുകളെ തൊട്ടും പരിശുദ്ധരായിക്കൊണ്ട് നിങ്ങളെ ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലെ കന്നക്കൊലിക് നിങ്ങൾ വിചാരിച്ച പോലെയാണ് നിങ്ങൾ തുടക്കപ്പെട്ടത് ഓരോരുത്തരും വിചാരിച്ചെന്ന് എനിക്കൊരു അറിയിപ്പുണ്ടാക്കാൻ പാടാന്നല്ലോ ഓരോരുത്തരും വിചാരമോ ആ രീതി തന്നെ നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തോന്നിപ്പോന്നു അത് ഹത്താൻ മീൻ സാമുദ്ധങ്ങൾ വഹിച്ചാന്നാണ് നിങ്ങൾ കണ്ടത് ദീവാന ഹത്താലും കണ്ടത് വഹിച്ചെന്ന് നിങ്ങളുടെ അംസീയ കുറയേണ്ടത് ഇവിടെ മുമ്പ് ആരും എന്നറിയുന്നു അതിന് ഒരാള് പറഞ്ഞ മാറ്റം തന്നെ പറയാൻ ഉണ്ടായിക്കുണൊന്നുണ്ടാ ഇന്ന കിതാബ് ഉണ്ടായിട്ടില്ല ഒരു കിതാബിന് ആരോ ചരഹി ഞാനെ കുറെ പകർത്തിന് പിന്നാലെ കിതാബ് കിട്ടാനും ഇല്ല പകർത്തി തോച്ചു നമ്മളെ ഇമ്മത്താകുള്ളത് അന്ന് ഫോട്ടോ ചട്ട നിയാത്ത കാലാന്ന് അതില് ചറഹി പറയുന്നുണ്ട് ഇന്നാൽ ഉണ്ടാക്കിയ ഇന്ന പൈസന്റെ ചരഹാന്ന് ഇത് അല്ലെങ്കിൽ ഇന്നവരുണ്ടാക്കി ഇന്ന പൈസിന്റെ ചെറാ രണ്ടിസ്റ്റിപ്പാക്കൽ ഒത്തുകൂടിപ്പോന്ന ലം അമ്മായി തളർത്തി അധികം അവരുണ്ട് പോയി അതുകൊണ്ട് രണ്ടാളുണ്ടാക്കിയത് അവരുടെ രണ്ട് പൈസ അവർക്കുള്ള ചെറാ ഞാൻ പോതും എനിക്ക് അറിയപ്പെടും ഒരേ പോലെ ആയി പോയി നോക്കൂടാ മസ്ലിലേക്ക് നോക്ക് ഭരണമുണ്ട് ഓ അപ്പൊ അൽമുറാ തങ്ങളുടെ ആല് കൊണ്ടുള്ള ഉദ്ദേശം ചിലപ്പോ വന്നിട്ട് ആലുണ്ടല്ലേ അവിടെ അതല്ല ഇവിടെ ദ്വാലന്റെ മക്കാമ കമാഹുല എവിടെ തന്നെ ഞാൻ സലാത്തുണ്ടാവും ദ്വാരക്കളിന്ന് അവിടെ അഹ് തങ്ങളുടെ അത്തുബായങ്ങൾ എല്ലാവരും ആണ് മുത്തലേക്കൻ എന്ന് പറഞ്ഞാലോ പഴയാളം നോക്കണ്ട മുതിയാളും നോക്കണ്ട പിന്നെ മറും നോക്കണ്ട പാചകം നോക്കണ്ട എല്ലാരും ഉൾക്കൊള്ളുന്നു നമ്മൾ ഇത്രയും ഉൾക്കൊള്ളുന്ന പറയും മുത്തലക്കായി അപ്പൊ അപ്പൊ അമ്മ സഹബൈനേക്കാള അഹസ്വൈ ആദ്യ സാഹാബിനും ആലാകുന്നു ആലല്ലാ സഹാബിനി കൊണ്ടാണെന്നില്ല സാഹബിനില്ലാത്ത ആലും ഉണ്ടാകാല ഈ അതൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ വരുമോ എല്ലാ സഹാബും ആരാകുന്നു ആലല്ല സാഹബായിക്കൊണ്ടില്ല സാഹേബില്ലാത്ത ആരും ഉണ്ട് വക്കീല അവരുടെ കീലണ്ട് അല്ല തങ്ങളുടെ അത്തുബായങ്ങളിൽ അത്തക്കായി കൂട്ടാൻ പാടുള്ളോ കുറച്ച് കൊറച്ച് പിടിച്ചു ദ്വായിരം തെക്കവില്ലാത്ത അതിലാണ് ഫി മക്കാമിദ്വായ മക്കുഖമാണത് ണാന്ന് ചെറഹും ഷാരിയും മാത്തിനും എല്ലാം മാലിക്കും അതരപിന് ഇമാമികളാണ് പിന്നെ കാലപ്പഴക്കമുണ്ട് നമ്മക്ക് എല്ലാവരും മിരാളന്നെ അവര് വനുഹാസും പൊക്കത്തേ പെടുവുള്ളൂ സക്രാത്തിന്റെ വനുഹാസമിലുള്ളവര് മാത്രമേ കൊടുള്ളൂ എന്ന് പറയൂ ആലി قال <سؤال> امام الشافعي <سؤال> رحمه الله <سؤال> قالوا هاشم المطربي مطربينده بالو بدون اپ ఆదిنده சகோدرنا মুতরিব আব্দুল্লাহ عبدالمقرب هاشم نثمانوره بافيادله अब्दुल مقرب هاشم তিনি আব্দমান අපু அப্দমান അന്തി മോനോടല്ലോയേദ هاشം ഹാസിമിന്റെ സഹോദരനാണ് മുത്തലിബ് ഈ ഹാജിമും മുത്തലിബിൻ രണ്ടാള മക്കളും അറിയിച്ചു എന്ന് അവര് പറയുന്നത് ഷാഫി മഹ്മുദ്ദിനെ പറഞ്ഞു ഷാഫി മഹ്മന്നലൻ മുസ്ലീഫിന്റെ മക്കളാണല്ലോ അനു ഹാസിമല്ലോ മുത്തലിബിയാണ് ഹാജിമിന്റെ സഹോദരനാണ് മുത്തലിബ് ഓരോ മക്കളെല്ലാം ഇതിൽ പപ്പച്ചൂടെ അമ്മായി ഹാജിമിന്റെയും മുത്തലിഫിന്റെയും മക്കൾ അതെ തീർന്നു പു പുതിയ വിഷയം പറയുന്ന ആലിന്റെ അസലെന്താന്നു അസുലു ആൽ എന്ന കഴിമത്തിന്റെ അസല് സീമ മഹിമാമിന്റെ അടുക്കല് അഹിലി എന്നാണ് അപ്പൊ ഹായ മറച്ചിട്ടെന്താക്കി ഹംസാക്കി ഹംസാക്കി എഴുതിയ ശേഷം അലിഫാക്കി അലിഫി നൃത്തപ്പെട്ട അലിഫാക്കി അലിഫാപ്പ് വിട്ടേണ്ട ഞാനല്ലോ ഹംസ തഫീഫാക്കി അലിഫാപ്പും ാണ് ഹംസത്തനാക്കി മറിച്ച് അപ്പ കുറുമുൻ മക്കളച്ച് ഹംസന്റെയും ആന്റെയും മക്കളജ ഒന്നാണല്ലോക്ക്ണ്ടാവുല്ലോ തുമ്മൽ ഹംസത്തു പിന്നെ ഹംസനെ മറിക്കപ്പെട്ട് അലിഫൻ അലിഫാക്കി മറിച്ച് കാരണം ഈ സുക്കൂണി അതിന് സുഖൂനല്ല ഇപ്പുള്ളത് തൊട്ട മുമ്പ് കൊത്തുഹുണ്ട് അപ്പൊ അവിടെന്താക്കി മുമ്പ് പൊത്തഹം കണ്ട് ഇതിന് സുക്കൂനം വന്നാൽ തന്നെ മുനാക്കപ്പെട്ടെന്ന പിന്നെ അലിഫാക്കി മറിച്ചിട്ട് ആ നരന കമാക്കി ആദം നടപ്പുര ആ ഇതം അം മറിച്ച അലിഫാക്കി ആദം എന്നാ കായിമാമിന്റെ അടുക്കല് അവൽ തന്നുവരും ജമല് പോലെ മീൻ ആലയ ഓടുന്നു ഇതാറ മടങ്ങി എന്നുള്ള അർത്ഥം വരുന്ന അവൽ അപ്പൊ കൊലിമത്തിൽ വാബു അലിഫൻ ബാബുനെ പിടിച്ചിട്ടുണ്ടാക്കി അലിഫക്ക് മറച്ചിൽ താ അതിന് പ്രത്യേക കാരണത്തിന് വേണ്ടി കൈപ്പി മറിച്ചിട്ട് മാക്കമ്പുലഹാന്റെ മാക്കാബല്ലും മൊത്തം കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ ആ രസാവട്ടെ വലായുമാല് എന്ന ലാഫത്ത് ചെയ്ത് പറയൂല ഇല്ലിമൻ വെറുത്തനിലേക്കല്ലാതെ അതിന്റെ മുവാഫിന്റെ ലേഖി പോലീശപ്പെട്ട ആളാവണന്നാ പറയുന്നു ആളിന്റെ എങ്ങനെ പോലീസ് പോണം ലഹു ഷറപ്പുൻ അവന് പോലിശ പോകണം ആരിന്റെ മുതാപരെയ്യാണെങ്കിൽ എങ്ങനെ പോലിശ ഒന്നും മനുഷ്യന്മാർ പുരുഷന്മാരാകണം ലൊക്കലാവു ആകണം അപ്പേതെല്ലാം പോയി പോലിശ കുറഞ്ഞാൽക്ക് നാപ്പത്താക്കൂല പെണ്ണുകൾക്ക് മില്ലാപ്പത്താക്കൂല ആ റൈറു ആക്കിലും മില്ലാപ്പത്താക്കൂല മൂന്ന് കയ്യിലാറും മൂന്നിന് ഉദാഹരണം പറയുന്ന പലായുക്കാലാപ്പോ ില്ല ഇസ്കാഫിനെ ചെരുപ്പുലന്നാക്കാൻ ഇസ്കാഫിന്ന് പറഞ്ഞത് ചെരുപ്പൂരിൽ നിന്നാണ് അവിടെന്താ പറയപ്പോ സർഫ് കുറഞ്ഞോ എന്ന് പറയും സർഫിനി വരാ ആലു ഫാത്തിമ എന്ന് പറയും രണ്ടുകൊണ്ട് ദുക്കൂറല്ലാത്തോണ്ട് ഓരോ കൊടുക്കടാ വരാ ആലുൽ അവിടെയുള്ളത് ആലോ മിസ്റാണ് അതിലുള്ളത് രണ്ടും കണക്കന്നെ മിസറിന്റെ ആലും പറയൂ അതാണെന്ന് കൈവിളക്കില്ലാന്നല്ലോ മിസ്റ്റുകൾ തന്നെ കോട്ടം രണ്ടു സാധനം ഒന്ന് കെട്ടിടം പറഞ്ഞു ഒന്ന് നാട് പറഞ്ഞു അതിലേക്ക് ഉദാപത് രീതി പറഞ്ഞു ഞാൻ ആര് പറയണം വയ്ക്ക് അല ആറഹി നോക്ക് ദാദു ഷറഹിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല അലാനെ വർദ്ധിപ്പിച്ചു അല ഇച്ചാർന്ന് വായിച്ച കണ്ടേ ദാദു അല അല എന്നുള്ള വഫലി അല കൂട്ടി കൊടുത്തു നോക്കുമ്പോൾ അല ആലിഹി ഈ അല വർദ്ധിപ്പിച്ചതിനാ ഇഷാറത്തൻ അത് ഇഷാറത്താണ് ഇല എന്ന അലപ്പറാമില്ല അത് മസിനി തന്നെ പറയേണ്ടതായിരുന്നു മതിനി പറയുന്നത് അലൻ നബിഹീൻ അല കൂട്ടിട്ട് പറയണമായിരുന്നു സൂചിപ്പിക്കാനാണ് അത് കളഞ്ഞന്തിന് ബൈത്തൊക്കാൻ വേണ്ടി മാത്രമല്ല അന്ന ലിക്കറ അല പറഞ്ഞാലുണ്ടല്ല അതിലുണ്ട് റബ്ദിനല ഷിയ ഷിയാക്കൾക്കൊരു അടിയും കിട്ടും ഷിയാക്കൾക്ക് അല പറയാൻ പാടില്ല അതാണ് ഞമ്മൻ പറയൂന്ന് ഓർക്കിഹിന്ന് വേണം പോലും അല കുട്ടി പറയാൻ പാടില്ല ക്ഷേത്രത്തിന്തുറും വേറെന്തെങ്കിലും അലാവാണ്ടാവും അവിടെ തക്ക സംവിധു നാമ കല്യാണ മഹമ്മദ് വാ ആലിഹിന്ന് വേണമെന്നാണ് ഇപ്പറിയുമ്പന്നിട്ടുണ്ട് ഇഷാറത്തണ്ടില്ലാത്ത അപാപത്തി റുപത്തി സ്വരാത്ത രണ്ട് സ്ഥലത്തിന്റെ മർത്തപക്ക് വ്യത്യാസമുണ്ട് എന്ന് അറിയിക്കരുമായി തങ്ങൾക്ക് കൊടുത്ത അതേ കതുറും അതേ അളവിലും എല്ലാം ആലിനെ വിട്ടലിന്ന് കാണിക്കാനാണ് അരപ്പാക്കി പറഞ്ഞത് ഒറ്റ ഋതുബിലേക്ക് പിന്നെ അത്തുബാന്ന് പറഞ്ഞാൽ ഈ മാന് ഈ മാനിലുള്ള അബ്ബായങ്ങൾ വെക്കണം എന്നങ്ങനെ മുത്തലക്കാവുള്ളൂ فلن يقول للم يمانا لا تقوي للمتاق للمتاق ممتاق ممتاق وقوله متلق أن أنه لا توريما وله ساعة بدوسيق للمبرودهن لا بي لا بي وعمى في مقام الزكاة زكاة النمقام النور نعي مقام حرمت الصدقة على أهل البيت أهل البيت صدقة ورقانا بارنا ورقم آنان بار الله ورد الله آس تلتاني فرن وطاله അപ്പം ഹാഷിമിയാക്കൾക്ക് വാങ്ങാൻ പാടില്ല എന്നാല് മാലിക് ഹാസിമിനിക്കും മായിക്കൂടാ മുത്തലിവിനും മായിക്കൂടാന്നായിരിക്കും ഷാഫി ഭീമബിമാമിൻ അടുക്കലും ബസ്റക്കാർ അടുക്കലും അഖില കൊളിബത്ത് ഹാഹു ഹംസത്തൻ ഹംസാക്കി മറിച്ചതിനാല് കുറുബിൽ മഹറജ് ഐനി മഹറജ് കുറുബായത് കൊണ്ട് ശരിക്കും മുട്ടും പറയാ ഹംസും ഭാവു ഒന്ന് സിഫാത്തിൽ അല്ലേ മാറ്റുള്ളൂ ഹംസന്റെ ആന്റെ മഹറജ് ഹൽക്കിന്റെ അങ്ങേയച്ചം ഇപ്പൊ തൊണ്ട മാറ്റം വരുന്നു തുമ്മൽ ഹംദത്തു അലിഫന്നെ ഹംസനെപ്പിടിച്ചരിപ്പാക്കണം എന്നാ പിന്നെ നേരെ അച്ഛമറിക്കലങ്ങനെ വച്ചു കൂടിയായിരുന്നു ഹാനപ്പൊട്ടരിപ്പാക്കി കൊണ്ടായിരുന്നു അപ്പൊ ഒട്ട് വേറിപ്പോയില്ലേ അന്നേരം മുനാസമ്പത്ത് ഇട്ടൂരാ മറിച്ച് വച്ചു കൊണ്ടായിരണം ഹാനപ്പിടിച്ചുമ്പോ മകറൊരുപാട് വ്യത്യാസം വന്നില്ല ഇപ്പ അതുകൊണ്ടാ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാന്ന് ഇനി കൊൽത്ത ലിമാൽ അബിൻ ഹാമിൻ അലിഫൻ ഹാനപ്പിടിച്ചിട്ട് തുടങ്ങുമ്പം തന്നെ അലിഫാക്കി കൂടെ അതിന് ഉചീബ അതിന് മറുപടി ഹായ് അലിഫൻ ഹാൻഫാക്കല അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല കാരണം ദീപാവലി മഹർജിഹിമ രണ്ടാമത് മഹർജും വളരെ ദൂരത്തിലുണ്ട് അവർ മുന്നാട്ടമുദ്ധമാകില്ല ബിഹലാബി കൽബുൽ ഹായ് ഹംസത്തൻ അത് പോവുമ അത് അറിയപ്പെട്ടിട്ടുണ്ട് അതുപോലെ എന്നല്ല പറഞ്ഞു അവളെ പിടിച്ചിട്ട് ഹംസാക്കി വാവിനെ പിടിച്ചിട്ട് അരിപ്പാക്കി ടഹറക്കത്തിൽ വാവു അവടെ വാവു മുത്തഹദിക്കായി ഒമ്പത്തമാക്കമ്പിലെ ആ തൊട്ട മുമ്പുള്ളത് കൊളിപത്ത് അടിപ്പാക്കി മറിച്ചു അപ്പൊ കൊളിപത്തിൽ ഹംസത്തൻ കഹദിൽ ഹംസത്തിഅലിഫൻ ഹംസനെ പിടിച്ച അലിഫാക്കലും അറിയപ്പെട്ടതാണ് അപ്പൊ അറിയപ്പെട്ടത് കണ്ടും ചോർത്ത് നേരെമറക്ക് നേരെ ഹംസ പിടിച്ചിട്ട് അലിഫ് ഹാൾ പിടിച്ചിട്ട് ഹംസി അലിഫാക്കിയാല് അങ്ങനെ അറിയപ്പെടാത്ത കുറുക്ക് വരും കവാഫി ആദമിൻ്റാടാ കന്യ ഹംസരെ പിടിച്ച അലിഫാക്കിയത് ആ വൈന്തൽ കത്തായി മാമിന്റെ അടുക്കൽ വസ്തൽ അപരാരാണ് സിബൈ അവർ തെളിവൊടിക്കുന്നു ബി തേരിന്നാണല്ലോ ആലിനെ ആക്കുമ്പോ അപ്പൊ തസ്ഹീറാക്കുമ്പോൾ പഴയ പോംബ് കിട്ടുന്നുണ്ടെന്ന് ഹാല് തസ്ഹീറാക്കിയ ഹാഗാനാണ് പോയത് എന്ന് വന്നതെന്ന് തസ്ഹീ നോക്കി വത്താന് താനിക്കാറ് പറയുന്നത് എന്താന്ന് കഥ അല്ല ഉവയിൽ നിന്നാ തസ്ഹീറാക്കലാന്നുറവല്ലേ അവിടെ ഇഷ്ട നിങ്ങറിൽ നിന്നാ ഇണ്ടാക്കിയത് മുസഹറിൽ നിന്നാ മുക്കബർ കണ്ടെത്തിയത് അല്ലേ മുക്കബ്ബറിനല്ലേ മുസഹർ ആദ്യം മുക്കുണ്ടാക്കിറ്റ് വേണ്ട തസ്നീർ അതിൽ നിന്നെടുക്കണ്ടി നിങ്ങൾ ഇപ്പൊ എന്താക്കി തസ്നീർ എടുത്തിട്ട് അതിന് മുഖർ തിരിച്ചു കണ്ടത്തല്ലേ അപ്പൊ ദൗറൊന്നില്ലേ അതിന് എന്തുകൊണ്ട് ആദ്യം മുക്കമ്പറല്ലിന് തസ്മീന്റെ സൂറത്ത് ഉണ്ടാക്കിയത് അതിന് ആ മുഴുവൻ എന്തൊക്കെയോ അതിന് കണ്ടെത്താൻ മതി ഈ അങ്ങോട്ട് ഉപയോഗം കൊടുത്തിന്നേ അപ്പൊ ഉപയോഗത്തിന്റെ വ്യത്യാസം ൂടി ആയിട്ടില്ല ഇന്നൽ മുസറുക്കബന്റെ അപ്പോഴുണ്ടായി ഊഹിന്റെ അത്തിലാണേത് ആല് ആല മുക്കബ ഇതിലേക്ക് ചേർത്ത മുക്കമ്പർ ഏത് ഇപ്പാ ആല് മുസർ ഏത് ഊഹി ആ അപ്പോൾ എന്താ ദൗറു നിങ്ങൾ ഇപ്പൊ നടക്കിനോ ദൗറു വന്നില്ലേ അങ്ങനെ മുജീബ അതിന് ദൗറില്ല ദൗറു എന്നാണ് ഇതമ്മിൽ അതിന് നിക്കലല്ലേ മുട്ടയുണ്ടായ കോഴിയാദ്യമുണ്ടെന്ന് ചോദിച്ചുണ്ടോ അത്രയും മതിയാവറു അറിയണ്ടല്ലോ മുട്ടയാ കോഴിയ ഏതാദ്യം കോഴിയുണ്ടെങ്കിൽ മുട്ടാദ്യം പോട്ടെ മുട്ട ഉണ്ടെങ്കിലും കൊഴിയും പോട്ടെ അതിൻ്റെ ഇവിടെ ദൗറു എന്ന് പറഞ്ഞാൽ മുട്ട നോക്കുപ്പം ഈ കോരം കൊണ്ടല്ലോ വേറൊയില പച്ചലിന്റെ ദൗറ ഇത് മുട്ട മുട്ട ഉണ്ടാണെങ്കിൽ കോഴി വേണ്ടേ കോഴിയുണ്ടാണെങ്കിലും മുട്ടുണ്ട് മുട്ട വീട്ടുണ്ട് അയിന്റെ ഇവിടെ ദൗറില്ല ഈ മുട്ട ഈ കോയിന മൊള്ളല്ല മോക്കൂഫു വേറെ ഈന്റെ ഒരു പച്ചിക്കോഴിയുണ്ട് അതിന്റെ മൊള്ള മോക്കൂഫു അപ്പൊ ആ ഡൗറ് വരുവത്തൊരു വഴിപ്പള്ളു കോയിന മുട്ടുണ്ടാകണം മുട്ട ഒരു കോഴി കോഴിടണം ആ കോഴി വേറൊരു മുട്ടയിൽ നിന്നുണ്ടാകണം ആ മുട്ട വേറെ കോഴിയിടണം അങ്ങനെ വേറെ അസോൽസിന്റെ അതിന് ഗൗഹ്റ വരില്ല ഇക്കോയിലാണെങ്കിൽ ആ കോയിലെ മുട്ടയാണെങ്കിൽ ഈ കോയില അച്ഛന് പോയെന്നൂലല്ലോ മോ എന്ന് പറഞ്ഞ ആൾക്ക് ഇവിടെയുള്ളു കുജീബ ബിഅന്ന തവക്കുപൽ മുത്തക്കരി അരൽ മുക്കമ്പരി മുത്തക്കാർ മുക്കമ്പറിന് തവക്കൊപ്പം മുത്തക്കർ മുജൂത് വേണമെങ്കിൽ മുക്കബിനാണ് ഇതിന്റെ മുരൂതുണ്ടാക്കുന്നത് എന്നാലും തവക്കഫുൽ മുക്കബരി അല്ലാ മുസ്തും മോള് അങ്ങോട്ട് തവക്കഫായി തന്നെ മിന്നയിച്ചിൽ ഇരുമില്ലാത്ത അത്ര അറിയാൻ പറ്റിച്ചാണ് സാധനം ബാഹു മുഖ്തലിഫുൽ ജിഹത്തി അതുകൊണ്ട് ജിഹത്തി വ്യത്യാസപ്പെട്ടപ്പോ തടബർ ദൗറില്ലെന്ന് മനസ്സിലാക്കുവാണ് ദൗറുവാണെങ്കിൽ ഒരേ ജയത്തിൽ കൂടി ഒരേ സാധനത്തിന്റെ മുകളിലെന്താക്കണം തവക്കപ്പാണോ ഏതന്നെ وَاَنَ يُلَاقُ إِلَّا لِمَن لَهُ شَرَفٌ فَوْرِشَ لِلعَالِقَلِيكَ اللَّا يُنَادِ عَالِي النِّعَافَةِ يَجِبُ أَدِلَّا بِخِلَافِ أَهْلِ لَوْنِ الغُطْوِ أَهْلِ نُورِشِ لَتَقُمْ قَوَ وَقِيلَ إِذًا قَالَ بَعْضُهُمْ كَذَلِكَ قَرَضَ يُفَرَّقُ بَيْنَ الْعَالِي وَالْأَرِنِ دَائِلِي وَتَّاسٌ إِنَّهُ مَا لَهُ رَأْدٌ وَدِيلٌ قَوْلُ أَنَّهُ أَنَّ لَهُ الْآيَةَ صُوبِ نَافَتِهِ إِلَى ذِي شَرَفٍ ില്ല അഹലുദ്ധി പറഞ്ഞാൽ ബുദ്ധി ഒന്നും പാടാറിന് ബുദ്ധി ഇല്ലല്ലാ അങ്ങേയും പറഞ്ഞോ അപ്പൊ ബുദ്ധി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉക്കരാകാവണമെന്നില്ലെന്നും പറഞ്ഞു അമ്മ ലും അവനേതാ ആല്പത്തില്ലാതെ ഈശ്വരഫീൻ പോലീസിലാല് ഇതാഫത്തി വലാ യകാലു ഖർനൂദ ആലു ഹയ്യാത്തി ഹയ്യാത്തിൻ്റെ ആലു നേരത്തെ ولا ഇസ്കാഫിൻ ആരി എന്ന് പറഞ്ഞ മാർക്കി 30 വാർ വിതാലുകൊണ്ട് നേര്ള് പിന്ന വലാ ആലുൽ ഹജ്ജാമീനം പറഞ്ഞ മെറ്റൂ ലാലി അദി മിഷ്റഫി ഔർന്ന് പോയിച്ച കുറവാണ് അന്നാ പിന്ന ഏറ്റവും പോയിച്ച കുറഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞ ഫിർഔൻ ഉണ്ട് ഫിർഔനെ കൊള്ള ആരി ലാഫതാകി രണ്ട് ആരി ലാഫതാകി ഇങ്ങം പറഞ്ഞല്ലോ ബോഞ്ഞു അത് പുളിയാൽ പുളിയെ കൊട്ടിരിക്കുന്നു പറയുന്നത് ആ വൈനമാക്കിന് ആര് കിറാവുന്നു ചോദ്യത്തിന് മറുപടി തടംപൊരികി ഓ കോലം കെട്ടിയോണ്ടി സൂറത്തിൽ അച്ചറാഫ് അച്ഛറാഫിന്റെ കോലത്തിൽ കോലം കെട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കോലത്തിനൊരു കോരിച്ചു കൊടുക്കണ്ടേമ്മോ അങ്ങനെ ഒട്ടും നീളുന്നു അതേപോലെ ഓടിയുണ്ട് മൊത്തത്തിൽ ഉണ്ടാവുന്നത് അരേ ഓന് ഓഞ്ചാടെ അടുത്ത് പോയിട്ടില്ലാണല്ലേ അപ്പൊ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കൊണ്ടു നീളുന്നു റപ്പിനി എല്ലാം ഓന്റെ കൌമിയുടെ അടുക്കുമ്പോൾ എനിക്ക് ചെറുപ്പുണ്ടല്ലേ അപ്പൊ എനിക്ക് ചോദ്യോ ആട് എന്നുള്ള ഇപ്പൊ പോലീസക്കാർ കൊടുക്കേണ്ടതാണ് അല്ലേ ആ പോലീസക്കാർ കൊടുക്കേണ്ട സാധനം തർക്കീരാക്കാൻ പറഞ്ഞില്ലല്ലോ തർക്കീറാക്കിയ പോലെ കുഞ്ഞാലു എന്ന് പറഞ്ഞാല് കുഞ്ഞാട് കുഞ്ഞാറ് ഒത്തിനാവൂല കുഞ്ഞാലിന്ന് പറഞ്ഞത് കുഞ്ഞാട് സാധനങ്ങൾ തഹസീറാക്കിയല്ലോ ഓന്റെ കുഞ്ഞാടുകൾ തന്നെ പറയല് لماذا؟ فإن تصيرك لأنه تحكيراً من داري وردك لكي يقولونه، مين لله؟ أرمحبتك وليه أن تصيركم بولو لابغة فإن قلتاً أن الإن الله على يسخروا أعلى تصيركم مو التصير يقولون لتحكيرن مولاريكو لين ويقولون أنه يقولون أن تصيرنا الذي قد يكون لغير التحكير تحكيراً لا تهين تصيرك لنده إدا على الرابعة bin ukivit ciel google. السلام عليكم إن لم يسيلفنا جميعا وaneاً لا يبروزين، يا جنا 이 expands. إن لم يسيل ضرور إزم الجيدل غير إني blown. هو أنقلا لكم فالسيد ، كما قالوا السيد الرَّمَرَ بِالْفَارِزِ الرَّيَ يَلَّا أُن رَلِّ آمِ اللَّهُ يَلَّا أَعْتِظِمُونَ رَيْ puntoِ العطلٍ مَا كُلْتُ غُبَيْمِ مِنَا الضَّعِكِيْدِينَ بَالْ لِعْذُُ مِسْمُ الْمَرْء <سؤال> മറീനല്ല അതുണ്ടാവും അപ്പൊ ഒന്നാമത്തെ ആ ഫിക്സേ എന്തോ ഒരു കെമ്പത്ത് പോയ മാറി തോന്നും ബൈസൊക്കെ ഒരു കണിയില്ലേ മാന്തിരാണ് അവരെ ഓന്തിരന്ന് മൂന്നാര പാടിയില്ലെങ്കിൽ അവിടെ ആറ്ററിണ്ടവിടെ കെരിമത്ത് പോയ മാറി തോന്നും ബൈത്ത് ഒരു കണിയാണ് ഞാൻ എന്ന് പറഞ്ഞത് താക്കേര് കൊണ്ട് പറഞ്ഞല്ലോട്ടോ പുണ്യാബീബു പറഞ്ഞില്ലേബ് എന്ന് പറഞ്ഞ താക്കേറിന് വേണ്ടി പറഞ്ഞതല്ല അപ്പൊ ഹുബൈബിന്ന് വിളിച്ചതായിരിക്കും നബീസ് അല്ലാത്ത മതം കളി അയക്കുമോ അല്ല അള്ളാരുടെ ഫിതാവ് ഒന്നും പറയുന്നു മുപ്പത് രണ്ടുണ്ടല്ലോ ഷായറല്ലേ ഒരു മറിന്റെ പേരുണ്ടല്ലോ ഒരു വ്യക്തിന്റെ പേര് കൊണ്ടല്ല മകരം കൊണ്ടതായി തോന്നലുണ്ടെന്ന് കുഞ്ഞു മകന കുഞ്ഞിമകനെ കുഞ്ഞു കുട്ടി കുളിച്ചാലി അങ്ങനെയാവലുണ്ട് മത്താരി രണ്ടാമത്തെ ഒരി എന്തിന്റെ ആളും മകനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അന്നല്ലഹല ലായഷ്ടത്വം ഇതാ പത്തിനൽ വെക്കല എന്തുക്കൂരി പുരുഷന്മാരായ ഒക്കരായിലേക്ക് തന്നെ മുതലപ്പത്തിയണം എന്ന പ്രത്യേകതയും എന്തിനില്ല അഹലില്ല ആലിന്റെ പണം വൻ ആലോ രക്തം ഇതാരിക്ക് ഈ രണ്ടു ചേർക്കും പണം അപ്പൊ പലായൊക്കെ ആലോ ആലും മക്കാന്ന് പറയൂല എന്തുകൊണ്ട് വയർ പോയി നമ്മുടെ മിത്ര ആരും മിസറ് അല്ലെങ്കിൽ ആലു ഹിസ് വല ആരും ഫാത്തിമെന്ന് പറയൂല എന്തുകൊണ്ട് ദുഃഖവും അല്ലാത്തതുകൊണ്ട് പെണ്ണായി പോയല്ലോ ബായഅ സാഹബിന്റെ മേലിലും സലാത്തുണ്ടാവട്ടെ ഈ സാഹേബിന്നുള്ളത് എന്താ സാധനം ഇസ്മുജം എന്ന സാഹിബിൻ സാഹിബ് എന്നതിന്റെ ഇസ്മുജമ്മന്ന പറയും ഇസ്മുജമ്മ ജമല്ല വയനൊരു മാത്രം മത്രാണ് അപ്പൊ സാഹിബിൻ എന്താ വായന സഹാബിൻ കൊടുക്കണം സാഹിബ്ന്നുള്ള കൂട്ടുകാരൻ എം എല്ലേ പക്ഷെ ഇവിടെ ഖാസാക്കോട് എന്ന് പറയും സഹാബി എന്ന് അവനാ കൊടുക്കണം صحابي ذعابي اللهم صحابي يلاو صحاب عامه فتلك النبي صلى الله عليه وسلم وبلغه رحمه تتعالى صحابيه انقوله اه صحابيه معناها كما قال الله كانوا صحابنا مركم മാലിജിത്തോ തങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടി ഓമിനായി ജനമിച്ചു പോകണം ഓമിനായി കൊണ്ട് തന്നെ വരിക്കുകയും വേണം ഒരു കീരണ്ട് ജം സാഹിബിന്റെ ജംഅല്ലാക്കാൻ ജമ്മാക്കുന്ന അവസരത്തില് പുതിയ ജമ്മല്ല കന്ന് സാഹിബ് എന്ന് പറഞ്ഞതിന്റെ സാഹിമ്പ് അതുപോലെ പായല് പായല് എന്ന് ജമ്മിന്റെ എടുക്കാറില്ല ആ കീര റദ്ദെയ്തു വമുഗ റദ് വന്നു ബ്യാനിന്റെ പാഹിൽ എന്ന വദിനകാരൂല ജമ്മാക്കാറില്ല ആരെങ്കിലും തിരിച്ചറിഞ്ഞൊരാൾക്ക് ഒറ്റപ്പെട്ട അറിയില്ലേ പക്ഷെ ലാഹിലിനെ ആഭ്യാഴ്ച എണ്ണപ്പെട്ട് അത് പുറത്താക്കാൻ പഠിച്ചല്ലേ അല്ലെങ്കിൽ അവർക്ക് ലീസ്റ്റ് വരില്ല ഇവർ മുനാക്കി കാണാൻ വൈകി തിരിഞ്ഞെടുപ്പാണ് ഇവിടെ മരണം കണ്ടപ്പോ അല്ലേ അപ്പൊ കാനിഷ്കുമാർ ലീസ്റ്റിന് അവർ ആദ്യം പെട്ടിട്ടില്ലല്ലോ പക്ഷെ ഏറ്റക്കാരാണല്ലോ ജമ്മു ജാമൂരിന്റെ മതമുണ്ട് അതേ നിങ്ങൾ ചോദിച്ച് കേൾക്കുന്നുണ്ട് അതേപോലെ താരീഫ് ഉണ്ടാക്കുന്ന എപ്പോ അപ്പോ രണ്ടും താരിഫ് ജാമ്യാവില്ലല്ലോ എന്ന് പറയപ്പോൾ മാറ്റാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോ നിങ്ങൾ താരിഫ് സഹാബിനാണ് ജാമ്യമാക്കുന്നില്ല സാബിനല്ലതും ജാമ്യമാക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഒപ്പാത്തിന് ശേഷം തമക്ക തീരുമാനിക്കാനാണ് താരിഫ് സഹാബി എന്ന് പറഞ്ഞാൽ അരക്കപ്പെടും താബി എന്ന് പറഞ്ഞാൽ അരക്കപ്പെടും തമക്ക തീരുമാനിക്കണമെങ്കിൽ എന്ത് വെക്കണം ഒപ്പാത്തിന് ശേഷം തീരുമാനിക്കണം അത് ഇസ്രായേൽ വരുന്നുള്ളൂ പാ ജക്കാറില്ല فلا يقال في عالم عالم فائدوتنا لؤ العلم جمع تورد وهاكذا അങ്ങനെ பல উদাহরণ আছে ইল্লাতها دي والا صحبينه صحاري يصحار মানে কোনটা ইما جمع ظاهر তাহির না জামা দা ظاهر اصهار তাই ظاهر ন الصحারণ শব্দের നിന്നും বুঝতেльзя جمعه في الذم اين غير قياس القياس لا okay. نوكم قياس لا جمع دون غير قياس هذا النظر اليه لان فاعل لا يجمع على افعالن بدون بردارم बिरولا اين வந்து മുമ്പൊരു നമ്മ කියන්නේ එද මොම්බරද වදින ફاعل นั้น වස්නේ ફરી എന്ന് වස්නේ වඩාරില്ല എന്ന് പറയുന്നത് පොරතත් මුമ്പൊരുත පොරතන්නේ නේද એનોક કોરુંണ്ടන්දංගിലല്ല אני പറയുന്നത് അപ്പൊ പലായുക്കാലും ആലിൻ എന്ന് പറയൂല അൽമൂല നേരത്തെ പറഞ്ഞത് അതുപോലെ ആലാം എന്നും പറയാറില്ല കാവിൽ അഖ്മാൽ എന്ന് പറയൂല അപ്പൊ അതേതൊക്കെ വൈമാക്കോലെ ജമല്ലി തുഹുർ എന്നതിനെ ജമാക്കണം തുഹുർ എന്നെന്താക്കണം വിമാന താഹിരന്റെ മാനാക്കണം തുഹുർ തുഹർ എന്നുള്ളത് മത്തറാണ് മത്തറിന്റെ ഇപ്പം പാരുവിൽ കൊടുക്കാൻ limbabu istilaqil matri wahraatil ismil fa'il ka'adil ennorne varukya adil ma'na kaanallo adil prayogikunnu av ma'naahu shirkatil adilna ma'na yendde apaharna varana almutahaddina inna yendine totu mutahaddina min dhanatil maasi ella waasiyathinte kattariye totton wal mukhalafati 'amal mukhalafathu ma'nattillavodilla اللام عادت المخالفات و مخالفه العلماء منامنا من الاحاديث عن الرساله والاعلام هذه تتلم مربط ترى و عت فهم معاصيه من غير مخالفه عند فندي قاتل و عامل صغيره اذ بولتن و عتهم على العالي الالي من صحبه اتفيل انذ من اتفيل خاص عن عامي ആമിന്റെ വരെ കാർത്തലത്ത് കരി തൊണ്ടേ പറഞ്ഞിട്ടുണ്ട് ആല് ആമ തൊണ്ട് പറഞ്ഞു അതെന്തിനാണ് ഈ മസീദ് ചിറഫീൻ ആര് എന്ന വർഗത്തിലും സഹാബി പട്ടല്ലോ പക്ഷെ സ്വയംഭത്ത പദവി എന്താകണം എടുത്തു കാട്ടാൻ ചിറപ്പ് പ്രത്യേകം എടുത്തു കാണിക്കാന പദവിനോട് കുറിച്ച് കാട്ടാനുണ്ടല്ലോ മറ്റുള്ള ആളിനെ അപേക്ഷിച്ച് സഹബിന് പ്രത്യേക പദവിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കൂടി തകാസ്താക്കുന്ന ലാസിയൽ കൂട്ടത്തിൽ ഇത് പ്രത്യേകിച്ചും റഫീഖ് ഹി തങ്ങളുടെ റഫീഖിന്റെ മേലുണ്ടാവട്ടെ അതാണ് സിദ്ധിപ്പുല സുഹൃത്താണ് അപ്പൊ ഈ അതിപ്പന്ത ഹാസിന്റെ മേലെ വീണ്ടും ഹാത്തിനത്തിപ്പിലായി ഹാത്തിന്റെ മല ആദ്രാദിനുപ്പാക്കിലായി اه <تصفح> انا தரவு கே நிஸ்மு ஜம் அல் நி sahibi இஸ்ம ரம்ம மதஹா மதஹப இமாமின மதஹபான அதா ராதிலு ஏ வகீல ஒரு கீல வந்து ஜம் அல் லஹூன் எந்திரன் ஜம்மானே நேர ஜம் என்னது அனி முதாலன் பர்னேல மினல் மாஸம் இஸம் தாய் அய்ன ஹயிர ரக்கபின் வாகிபின் ജമ്മാ റക്കബ് എന്നുള്ളത് അർപ്പശിമാവ് കളിപിടിച്ചു തന്നെ ഇല്ലേ റാക്കിബന് ജമ്മ റക്കുബ് എന്നും ആരാക്കല്ലെന്ന് പറഞ്ഞു അർപ്പശിമാവന്റെ പോലെ അങ്ങനെയാണ് പിന്നുള്ളതിൽ എന്റെ ഫയൽമിന്റെ അഭിനയത്തിൽ ജമ്മിന്റെ വസ്തുയിൽപ്പെട്ടതല്ല മസാറിൽ പെട്ടെന്ന് പറഞ്ഞു മുത്താർതി ആയ മസ്സറിന്റെ خياته صعيناً يقولون فَلَنْقِيَاثُ مَطَرِ الْمُعَدَّى مِنْذِي تَلْعَسَ يَتِنْكَ رَدَّى رَدَّى هل في المناره يوجد أن أخبره؟ هل في المناره يوجد أن أخبره؟ لا يوجد أن يوجد أن أخبره പിന്നെ അബ്ബാൻ മസ്തൽപ്പെട്ടതാണ് മുഫറദാസിൽപ്പെട്ടതും ആണ് ജമ്മു അല്ല അപ്പൊ രണ്ട് കാരണം കളി ഒന്നും മസ്തന്റെ റസ്സിനാണ് മറ്റൊന്നോ മുഫറത്തു ജമ്മയല്ല തകവിയിലെടുക്കുന്നെന് നേട്ട പറഞ്ഞില്ലേ ഇങ്ങനെ താഹിറന്റെ ജമ ആണ് എന്ന് ചാരി മത്തിന്റെ ഷീഫ് പറയുന്നുണ്ട് അതമാരനില്ലതു ആഹിര ജംആലു അല്ലേ അപ്പോൾ നിങ്ങള് പറഞ്ഞല്ലോ ഹർ വയൂഫിയാസൻ വ്യാസൻ ജംഇല്ല നവററിനു വതഹത തഹറമില്ല വകൗലുഹു ഐദൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫാഇൽ എന്നതു ഫഅൽ എന്ന വസന്ന് വ്യാസാകാതെ പോലെ ജംആകുല്ലം എന്ന് പറഞ്ഞതു പോലെ ഇവിടെന്നാകുല അഫ്ആൽ എന്ന വസന്ന് ജംആകുല്ലം മാത്തക്കത്തമ്മിലെ തൊട്ട മുമ്പുള്ള ഞങ്ങളുടെ പന്ത്രണ്ടല്ലോ എന്നായിട്ടുള്ളൂ തൂഹ് തീരുന്നില്ലതെങ്കിൽ അമ്മി ഇപ്പൊ സുക്കോനിയും നമ്മും സുക്കൂന് കൊടുത്തിട്ട് ഒന്നാമത്തേല് നമ്മൾ എണ്ണാമത്തേല് സുക്കോനി മത്തറു തഹുറന്റെ മസ്തറാണ് പത്തനിയും കൊടുക്ക നമ്മും കൊടുക്കുനെ പോലെ മീംബാ ഇച്ചരാക്കൽ മസ്തരി മസ്തറാണ് ഇച്ചിരാക്കലത് അല്ലീ ഹുഹൂൻ للفاعل <سؤال> الذي معنا بك وكو هو يراى باسم الفاعل اسم فاعل ظاهر ان ادنى معنا فطور بريا اسم الفاعل اولات كحد لي ابع التصبيه من هيئه التذميل المصري اسم الفاعل على كحد المبرنجا دي كده قلت انت تشبيه ايه اللي حتتنقوله ماستر الاسم الفاعل اكرم انا حيتلقوله ماستر ماي لهو ده انا بقول انه بروند എന്നുള്ളത് തഹു തുഹൂ എന്ന വയനാ കൊടുത്ത് തുഹൂ എന്നുള്ളതിനെ പിടിച്ചാ താഹിന്ന വേന കൊടുക്കുന്നു അപ്പൊ നമുക്ക് മാറ്റി തേറിയിട്ടുണ്ടെ നോക്കുഹ് തുഹറ് എന്നുള്ളത് എന്താക്കണം തുഹു എന്ന വസ്ത്രത്തിലേക്ക് തേവീറ്റ് കൊടുത്ത് അതിനെ പിടിച്ചത് എന്താക്കിയത് താഹിറാക്കിയത് അപ്പൊ അതിന്റെ അവിടെ അങ്ങ് രണ്ട് വടക്കലില്ല അതിന് അത് ഒറ്റ മറക്കലുണ്ടോ അപ്പൊ തശ്മീ എവിടത്തേക്കേ പോകുന്നുള്ളൂ ഈ അവസാനം വന്നത് എന്റെ മത്തറാക്കിയ ടി സ്മുരാക്കരൻ എന്ന വസ്തു കൂടി അവരുള്ളൂന്ന് രണ്ട് ജീവിതത്തിൽ കൂടി തശ്മീരുന്നില്ല സുഹുറോ താഹിന്റെ അടക്കം എന്താ സുഹുറിനെപ്പിടിച്ച് തഹുറാക്കിട്ട് താഹീറാക്കിയത് താഹിന്റെ അതില്ലാതെ അതില് ആദരാക്കിട്ടേ ഉള്ളൂ ഒരു വാദത്തെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ തശ്മി എവിടെ അടക്കുള്ളൂ ഈ ഘട്ടത്തിലേ ഉള്ളൂന്ന് وما معناه المتخرين عندنا معنى متخرين ينعنون आवडണ്ടാكي মুপর ইরাবে এন্ডা দরকামরি معناه متخرون আল মুতখরুন মানে লো ফরেন্ডা না আর কইনে ইমাম কইলে ইমাম আমাদের শারহ شیخ মঙ্গল করতে এনের আল মুতখরিন তাই না মক আরাল হিকাতে ইরাবা বানা পছন্দ മജുറൂറാണല്ലോ അലാന്റെ മജറൂറല്ലേ അപ്പൊ അതിന്റെ ഇരിക്കാത്തിന്റെ ഏറാബ് വെക്കുമ്പോൾ മായനാൽ മുതഹീനാന്നല്ലേ വരണ്ട് ഇമാം കൊണ്ടപ്പോന്ന് മായന മുബുത്തറിയാന്ന് മുത്തലിയാക്കുമ്പോ മുത്തഹാറൂന എന്നല്ലേ വരുണ്ട് ഓക്കേ ൊണ്ടാന്ന് കാണുന്ന നമ്മുടെ കൈമിലുള്ള മുത്തഹരീനാ ഉള്ളത് എന്ന് പറയത്തിന്റെ കാളുടെ കരിയാണ് അൽ ബാഹു മുതഹ എന്ന് പറയണോന്ന് വാഹന അതുകൊണ്ട് അൽ മാനാഹു മായനാഹു എന്ന് പറഞ്ഞത് മുത്തദാനും മാനേത്വത്തെ ഖബറല്ല മായനാഹുന്ന് അതിലിപ്പം ശരി ചെയ്തോണ്ടതാണ് എവിടെ മൈനാഹു ആ മൈനാഹു എന്ന പറഞ്ഞാൽ ഒപ്പം ഞാൻ കൊടുക്കുകയാണ് അതിന്റെ കവറാണൽ മുത്തഹർ ഊനാന്നല്ലേ പറയേണ്ടത് എന്ന് ആര് പറയുന്നത് ഇമാം നമ്മൾ ഇസ്ലാൻ ഇമാമെന്ന് നന്നാ ഷാദി ശേഷം നന്നായിട്ടുണ്ടാക്കുന്ന അത് നമുക്ക് മറുപടി ഉണ്ടാകുന്ന ശേഷം ഒക്കെ കൂടിയിട്ട് അത് ഹിജാത്തിന്റെ ഓറാമ്പും വ്യത്യാസം നേരം ആകുമ്പോ അടങ്ങിയിലൊരു ദിവസം കളയപ്പെട്ടുണ്ടാവും ചിലപ്പോ ഫെയിലും പറ്റില്ലേ നേരം വൃത്തതിയാകില്ല ഫേലും നിറമയാകുന്നത് ഫെയിലാകുന്നു പറഞ്ഞു ഈ നാളമ്പ എന്നുള്ളത് മതയാ ഫെയിലും പേരും ഉർത്തതി ആയിട്ടുണ്ട് എന്തെങ്കിലും നടമ്പ മൂർത്തതി ആയില്ലേ ആ നടബാൻ കരിമത്തിന്റെ ഇക്കായത്താണ് അപ്പൊ കരിമത്തും നടപന്നുണ്ടാവും ഇപ്പൊ ന്യായമതിന് നടക്കുന്ന ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ കുർബാന മതിയാ മതി ന്യായം ചെറുപ്പം മാനിക്കല്ല കദമ്പൂറോട് കുർബാനമില്ല കളിയോടൊപ്പം ഞാൻ മതി അല്ലേക്കും بین ناصبی لوخاص علی العامی ان الی الحیث ودیذ بالاعلی کارنم आले κον पंदे उद्देशिचंदायर्नो मुतलक अलअबा अन्ना बरनो आसीला आयागमदी angle वेरंबो आममाई अब सहाब खास होई येनी आले माने माती वचालो उंगमकोसोस निमोजियोजो चले प आलम सहाबों ओनागु आद्याररणा पोले आले माने सहाब वारनो निल्ले ചിലപ്പോൾ ആരമ്മ ഒരു വിജയത്തിൽ കൂടിയിട്ട് അതുകൊണ്ട് മക്കളാരും മക്കളും സാഹേബല്ല ചിലപ്പോ സഹാബിസ് ഉണ്ടാകും ആരെ പോലെ സൽമാൻ ഉപ്പാദിച്ച് എടുത്തോ സൽമാൻ പാദി സാഹേബാണ് അതേ തരത്തിൽ ആരല്ല അത് വീട്ടിൽ നടത്തം പൊക്കുമ്പോ ഏത് വെക്കു ബനോ ഹാസിമോ ബനോ മുത്തദിബോ ആകണം എന്ന കയ്യിൽ ആളിംഗ് വെച്ചാല് ഒന്നോ മുപ്പത് ദിവസം ഇമ്പ ചെയ്യാരിക ആരും സാഹേബും തമ്മില് അഭിമുഖിയല്ലാതെ ഈ മന്ദിക്ക് നീക്കാൻ പറയടുത്തു നോക്കാം എല്ലാം പറഞ്ഞു ഇതിന് ഇഷ്ടം മാത്രം രണ്ടൻ ഉണ്ടാകും ഇജിത്യമായൊരു മാന്ദ്യം ഉണ്ടാകും അതെയാണ് തങ്ങൾ അജിത്യമായി ചെയ്ത് സൽമാൻ ഉത്പാദനത്തിൽ സാഹേബാണ് ആരല്ല ഉം നമ്മൾ ആറ്റക്കുനെടുക്ക ആരാണാരല്ല സാഹേബല്ല മറ്റൊക്കെയാണല്ലോ മൊത്തം വെച്ചാൽ അങ്ങനെ തന്നെ വിട്ടേ എന്തിന് അത് ആറില് ആറ് ആദ്യം മാറ്റി പറയുന്ന ലാ സി എം എന്ന് പറഞ്ഞതിന്റെ കാരണം ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സി എന്ന് പറഞ്ഞ എന്താ മാന്ന് പറഞ്ഞെന്താന്ന് കയറാതെന്താണ് അതിന്റെ അങ്ങനെന്താന്ന് അതിന്റെ എല്ലാം ഒപ്പർ പറയുന്നു മൈക്രോമീസിൻ ഞാൻ ഇങ്ങനെ ആയിരിക്കും ലാ മീൻ ലാ സി എന്നതിനുള്ള ലാ ലാ സിയുള്ളിൽ ജിൻസി ജിൻസിനെ ലഭ്യ ചെയ്യാനുള്ള ലാ ആകുന്നു നമ്മ സാധാരണ ലായി ലാന്ന് പറയുമ്പോ ലാ ലാന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അലാരന്യം ജിൻസിനെ ലഭ്യ ചെയ്യാനുള്ള ലായ ഇനി പരുതി കൊണ്ടിരിക്കരുന്ന് വിളിച്ചു തോന്നി സി എന്നുള്ളതൊക്കെ മീറ്റില് മീറ്റിനു പോലെ വായിക്കണം അപ്പൊ അപ്പൊ സിന്റെ സുക്കൂന് അപ്പൊ സി ഒന്നുണ്ടാവും മമാനൻ അത് ബസുനാല മാന അർത്ഥം തന്നെ വസുനിന്റെ അതേ വസുന് സി യു മാനന്താ അതേ മാനൻസിന്റെ മാനന്താസ്മുഹാന്റെ ലാ സിന്ന് പറഞ്ഞാല് ലാ നാഭ്യത്ത ലാ ഇല്ല സി യു എന്നുള്ള അപ്പൊ കബറൂവ അതിന്റെ കബറുന്താകണം മഹദോപ്പൻ അത് കളയപ്പെട്ടതായിരിക്കണം ഗുരുപൻ ആ നെഹവിന്റെ കനതാണ് ചെറിയ ഗുരുപനല്ല നെഹ്റിയാരാണ് അപ്പൊ ഇന്നന്റെ അങ്ങനെ പോലെ ചെയ്യും ഇന്നന്റെ അമൻ എന്താണ്ടായാലി ഇസ്തുവിന്റെ കബറിന് റെഫോ ചെയ്യില്ല പക്ഷെ ഇന്നന്റെ അവിടെ കബറ് കളയപ്പെടണമൊന്നും ഇല്ല ഇവിടെ കളയാൻ പോകണ ഒന്നാ അല്ലല്ലാ ഇല്ലാതെ അസുലോ സിയൽ എന്താണ് സി ഗുണ് അപ്പൊ അവതാരത്തിന്റെ ബാബാണ് സിബിയെന്ന് പറഞ്ഞ ആ സി ബിജു അല്ലെ ദി കത്തിരി സീനി സി വിജു എന്നിട്ടോ സി വി അതിന് ശേഷം ഉണ്ട് അതൊക്കെ ഹിതാഹമാണി അതിൽപ്പെട്ട രണ്ട് ഞായിൽ പെട്ട ഒന്ന് സുഖം കൊണ്ട് പങ്കടന്നു അപ്പൊ ഭൗതികമത്യ രണ്ടാമത്തെ ആയിരുന്നു കണ്ടാക്കുന്നതല്ലേ അത് അടുത്ത് തോന്നുന്നു ഇനി ഈ സി അതിന്റെ നബി ചെയ്യുമ്പോൾ രാമാന്ന് പറഞ്ഞല്ലോ അതിന്റെ ഇസ്മാൻ തുറന്നു അപ്പൊ ഇസ്മാൻ ഇസ്മും പറഞ്ഞ കളവെല്ലാം നെഗതെന്ന് തോന്നുന്നു ഇനിയുണ്ട് ഓ എജു ബന് ശേഷം സംഭവിച്ചൊരു ഇസ്മുണ്ടല്ലാ സിയ ഒരു മാതാ ലാ സിയു ശേഷം മാ ഉണ്ട് മാം ഇപ്പുറം വരുന്ന ഇസ്മുണ്ട് എന്ന് റഫീഖ് മാന്റെ ശേഷം റഫീഖാണല്ലോ ആ റഫീഖിന്റെ ജായിസ് ആണ് الذرو يروم جائزاره والرفع والضم جائزان مطلقا انتم بقى لا سينما رفيقه انم بايكه رفيقه انم بايكه قلنا ابرطون جربوا مطلقا نسبم கொடுகாவேடாவ பற்றல கொடுகான்னியோ ஒரு இஸ்ம்க்கு கொடுகாவேடாவ வந்தல்லாண்டாலி ஒனிக்கா ஏ இல்லை ஜெலரி இல்லை நெஸ்பு டிஸ்மவுல இல்லோ மூணு கொடுகா രണ്ടെണ്ണം കൊടുക്കുന്ന മുത്തലക്കാർ ഒരു കഴുതുമില്ല നെസ്ബ് കൊടുക്കാം എപ്പോൾ ഇൻസാനം കട്ടീറാക്കാൻ അത് നെക്കിറയാണെങ്കിൽ നെസുമൊടുക്കാം ഇവർ റഫീസ് ഹി നെസിറല്ല റഫീദ് ഹീ നെക്കിടാക്കത്തത് മാരിറ്റേറ്റ് മാത്രമല്ല പിള്ളുകാരും ഓസുഫോ ഇപ്പോഴല്ല മാരിജ് മറിഞ്ഞ് രണ്ടു കാലത്ത് അത് ഹീ എന്നത് നബീസ് ഉള്ള ഒരു വ്യക്തമാണ് തങ്ങളിലേക്കുള്ള അതിലെ ചിന്താ പട്ടേപ്പൊ റഫീക്കാരല്ല സാധാരണ റഫീക്കല്ല നെക്കിരിയാണെങ്കിൽ കൊടുക്കാം ബക്കൾ ഉറങ്ങിയ ബിൽ അഴുപ്പെത്തി ഈ മൂന്ന് ഇറാബുകൊണ്ടും വാടിതായിട്ടുണ്ട് കൌലഹൂന്ന് ചെമ്പ്ര കേസിന്റെ പാട്ട് ചെമ്പ്രേസിന്റെ ജാരിയ കവിണ്ടെങ്കിലല്ല ഏഴ് കവികളിപ്പോലക്കാട്ടു സഭയിൽ അതിലുണ്ട് വല സീയമായ മുൻ വിനാറ ത്തി എൽ ജലീന്നോടെ പാട്ടുണ്ട് സിഫാന വാങ്ങിയത് സിഫാനിക്റാന്ന പാട്ടുണ്ട് അസുഖം വല്ലതും പെട്ടൊരു പാട്ടാണ് ഇത് പാട്ടിന്റെ കഷ്ണം വലാ സി എൻ അങ്ങനെ വായിക്കാം അങ്ങനെയും വായിക്കാം ഇവിടെ നെറ്റീറായിട്ടിന്റെ പേര് എന്നും വായിക്കാം അപ്പൊ മൂന്നു കയറാൻ കൊടുക്കാം ഇവിടെ അറിയിച്ചില്ല റഫീ കാണു വായിക്കാൻ പറ്റില്ല ജറാണ് മൂന്ന് ഇറാബിളിൽ ഏറ്റവും നല്ലത് പിന്നെയാണ് അപ്പൊ ഏതടിസ്ഥാനത്തിലാണ് വഹുമാ അലഹിയിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ട് ഇലാഫത്തും അപ്പൊ മാവോ മാടത്ത് ഗായുദ്ലഹിന്റെ ഇടയിൽ മാ ഗുദിയാണ് അതിന് ഉദാഹരണം പറഞ്ഞുതരാം മിസുലുഹായി പോലെ തന്നെ മിസുലഹ എന്നല്ലോ മിസുലഹ എവിടെ മോസാൻ ഇസ്ലാം പറഞ്ഞില്ലേ സാഹിബലസ്ലാമിനെ കാണാൻ പോയില്ലേപ്പോ മോസാൻ അലി ഇസ്ലാമോ യാത്ര പോയിട്ട് അതെന്താ പറഞ്ഞിട്ടുണ്ട് എന്നും ഒരേ ഫൈൻ ആത്മീൻ എന്തിക്ക അപ്പൊ മാലീക്ക എന്നൊക്കെ പറഞ്ഞിട്ട് മൂത്താ അലീസന എന്ത് പറഞ്ഞു അയ്യമൽ അജലൈന് അയ്യമൽ അജലൈനിയുടെ മാണ്ടല്ലോ മാ അപ്പൊ അയ്യൽ അജലൈനിന്നിള്ളത്താണുണ്ടാകുന്ന ധാരിയാണ് നിങ്ങൾ പിന്നെ എട്ടോ പത്തോ രണ്ടാമത് അജലി ഞാൻ പൂട്ടി എന്നാ പിന്നെ എന്നെ പറ്റിയൊന്നും പറയണ്ട ഒരുപക്ഷെ ഞാൻ ഉണ്ടാക്കും വിട്ടു പൂർത്തിയാക്കും അല്ലെങ്കിൽ പത്തിലേക്ക് എത്തിക്കും രണ്ടാളൊന്നും വീട്ടിയാൽ എന്നെ പറ്റി കുറ്റമില്ല പറ്റി പോലെ ചെയ്യാന്നല്ലോ അപ്പൊ അവിടെ മാ ഖായി അതേ മിത്ര തന്റെ കൂടിയും വന്നോലാർ സി എം ആ റസീഖിന്റെ അടന്ത മാ ഖാദിയാക്കാം സിഇ മുതാഫ് റസീഖ് മുതാഫിന് ഇലേഖ ജെറു കൊടുക്കാം തന്നില്ലേ അപ്പൊ റഫ് കൊടുക്കുന്ന വക ഏത്തില്ല അതിനൊരു ആമിലി പോലെ ഇതാപ്പത്താണ് ഇവിടെ ആമിലി വന്നത് مفروض كنذ ما امر رفع ف هو فاعلا خبره لمبتدا ما عضوين معروفه مبتدا خبره واضح لا سيما اماذانا موصول ياكم زائده كده لا سيما ஒரு சாதனத்தை செய்ய இல்ல ஒரு சாதனத்தை செய்ய செய்ய செய்ய موجودهல ആ ഒരു സാധനം ഏതാണ് എന്ന് ചോദിക്ക പോക ഒരു സാധനം റഫീഖാവുന്നു അപ്പൊ അത്തനാഭിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റഫീഖായവർക്ക് തുല്യതയില്ല എന്ന് വെച്ചാ അവർക്ക് പ്രത്യേക പദവി ഉണ്ട് സലാബുസലാമിന് കൊടുക്കുന്ന വിഷയത്തിൽ മറ്റുള്ളവർക്ക് തുല്യമായി കൊടുത്താൽ പോരാന്നാണല്ലേ പറയുന്നത് അപ്പൊ ആ പ്രത്ഥന കൊണ്ടുണ്ടാക്കി സിദ്ധീകരുന്നക്കുമ്പോൾ ആ റപ്പക്കത്ത് അത് പ്രഖ്യാപിച്ചതായി ആറിൽ മൂത്രർ സഹിച്ച ആ ആ പ്രയത്നം അതായി എല്ലാം കഴിഞ്ഞ അപ്പൊ മക്കളെ പെട്ട മുഖറാക്ക അപ്പൊ മാ എന്താകും ലാ സി എം മാ മൗസൂലത്താകണം മോസൂലയാക്ക മൊസൂലയാക്കുന്നില്ലെങ്കിൽ എന്താക്കാം ആ ഒരു നക്കീറത്തും മൌസൂഖത്തും ജുലത്തിൽ ബാധന ശേഷമുള്ള ജുല കൊണ്ട് അതിന് മോസൂക്കെ അനുവാക്കിയില്ല എങ്ങനെ മാറുന്നുള്ളതാണല്ലോ ജുംല അതുകൊണ്ട് മോസൂഫ് ലക്കിറ മോസൂഫിയായില്ലേ താപ ലഹാ സമാണല്ലാ തൻ ഈ ആകാശമേ എന്ന് പറഞ്ഞു ആകാശം മാ താപലത്ത് എന്നുള്ളത് ഈ തമാൻ സിബത്താണോ ജുംല സിബത്ത് ലക്കിറയാണ് മോസൂഫാണ് ജുംല കൊണ്ട് സിബത്ത് ഇവിടുന്നേരുന്നേരം മാ നെക്കിറ മോസോക്കെ മോസൂലല്ലല്ലോ അന്നേരം ആ അന്നേരം മോസൂലല്ലേ മുക്തതയെ ഖബറുവാക്കുന്നവന്താണോ കളയപ്പെട്ട മുത്താന്റെ ഖബറാക്കുന്ന ഒത്തരത്തിന് മാ രണ്ടു ഏതാമുണ്ട് അതൊക്കെ മോസൂലി ആക്കാം അല്ലെ നെക്കിറ മോസോക്കാം രണ്ടു ആക്കാം വത്തക്ക് തീറു അപ്പൊ തക്കീർന്തായി വനാമി ഹീ ല ലാ ലാ മിസില എന്തിന്റെ വേന പിന്ന അല്ല മാറ്റി ഹുവാ കളയപ്പെട്ട മൂത്തത റഫീഖുന്റെ കബറു ഒന്ന് അല്ലെങ്കിലോ വല മിസിലും ആ മിസില രണ്ടാമത്തെ ഏറാ പ്രകാരം എങ്ങനെ ആ കിണത്തും പത്താണ്ടേ അപ്പൊ വല مثلا شيئا اا شيئا نتيرا اه شيئا ما انا قلت نتيرا موسى نكريا عندما كو با رفيقه اع جمله خبري صيغنا للمضاف عنه وما ان للمضاف اليه اي خبره هو رفيقه هو بعض هو مبتدا رفيقه هنا خبر ايه. منطبئ خبر وغلاب شيء نصفت جملة ومانا وغلافني ليل فعلاء كل من وجه الجر والرفق رقابة جرابة عندي رب ورغالهم تكون فتحة سي سي عند فتحت اللهكم فتح يا راب يا راب اللي فتحت تانان مناء اللاب يا راب اللي فتحت പത്തേത് രണ്ടിലേത്തോ എങ്ങനെ പത്തേ എന്താന്ന് വിനാന്റെ പത്തേത്താണല്ലോ അല്ലെ അബ്ദുല്ലാടെന്താണ്ടി യാ അബ്ദുള്ള എന്താണെന്നുണ്ടായാലി മുനാദ മുലാഫ് നാബ് അമിനിയാണ് അപ്പൊ ആ പത്തേക്ക് എന്തായിരിക്കും നസബിന്റെ പത്തേക്കല്ലേ ഇതുകൊണ്ട് ഇസ്മല അന്നാപ്പിയൽ ജിൻസി ജിൻസിനെ ലഫീചെയ്യുന്ന ലാൻഡ് ഇസുമുണ്ടല്ലോ ഇതാക്കാന മുലാപ്പൻ മുലാപ്പായിക്കഴിഞ്ഞാൽ എപ്പോഴും മൺസൂബൻ രസമായിരിക്കണം രസഭൂത്തുള്ള ഏറാബാണെന്നും വിനാബല്ലോ പത്തനം പത്തട നമ്മു എന്ന് പറഞ്ഞ സാധനാണ് എന്ത് വിനാബ് റൊട്ടേ ജൊറും രസഭ എന്നൊക്കെ പറയുന്ന ആണ് ഏറാബ് അപ്പോ നഫീ ചെയ്യപ്പെടുന്ന ലാന്റെ ഇസ്മ് മുതാഫായി കഴിഞ്ഞാൽ മൺസൂമായിരിക്കണം എന്നുള്ളതാണ് കാനൂന് അപ്പോ ലാ സിയാന്റെ ഭക്ത എന്തായി നസിബിന്റെ ഭക്താണ് ഏഴാമിന്റെ ഭക്തായി അപ്പോൾ അതിന് അപ്പുറമുള്ള നഖീർ ഉണ്ടല്ലോ ആ അതിന് നസിബ് ചെയ്യുന്നത് എന്താണ് മാതാ ബാല തമ്മീ സി തമ്മീസ് അനുസരിച്ചു വരാ സിയ ല്ലേ പറയുന്നു ആ റഫീഖൻ അല്ലല്ല അമ്മ നസബു നക്കീറത്തി മാതാന്നല്ലേ പറയുന്നു മാക്ക് ശേഷമുള്ള നക്കീറാക്ക് നസ്ബി എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഏതാണ്ട് നോക്കാ അൽ ജൊർബു വർദ്ധ മുസലക്കൻ വൻ നസബു ഇൻകാൻ നക്കീറക്കൻ മാക്ക് സീനു ശേഷം നെസിബ് വന്നാല് നെക്കിനാണെങ്കിലാ നെസിബു ചെയത് ആ നെക്കിനെ നെസ്ബുട്ടുന്നത് എന്തോണ്ടാണ് അത് തമീസീയൻ എന്ന് പറഞ്ഞാൽ യൌമൻ എന്തോ സാധനം തമീസിന്റെ മുകളു നെസ്ബുട്ടുകണിപ്പത്തി ഇലാപ്പത്തിനത്തോട്ട് കാപ്പത്താണെന്ന് വെച്ചാൽ ഇലാപ്പത്തിന്റെ ഏറാബ് തള്ളിക്കളിയുണ്ട് അമേ തള്ളിക്കളിയിലുണ്ടല്ല ഇന്ന ഇന്ന കൂടെ ആ ചെറുത്ത ഇന്നമായിട്ടും മറിക്കഴിഞ്ഞാൽ ഇന്നത്തെ യാറാ പോയില്ലേ ഇന്നാന്റെ കൂടം ആ ചേർത്ത് ഇന്നമയായി ഇന്നമ്മ അന്നമാക്കാ അന്നമ തൊട്ട് പറഞ്ഞാൽ നേരത്തെ യഥാപിന്റെ കുറം പോയല്ലോ കാപ്പത്തായി മറിഞ്ഞു ഏഹ് ഇതാപത്തിന്റെ തൊട്ട് കാപ്പത്തായി കാപ്പത്താകുമ്പോൾ പൊത്തഹത്ത് പത്തഹത്ത് ബിന ഇന്ന അപ്പോൾ സിയാ എന്ന പറഞ്ഞതിന്റെ പത്തഹത്ത് ണ്ടായി ബിനാൻ്റെ പത്തഹത്തായി لا فضار إلا ليناء ملافا عوانا إذ كيدي قويلة ملافا عوانا لأنها نسبة عوانا لأنها أوبئي فتحة إلا إرابا إمارين إلا لمثلها لا رجل لا رجل إنه برنا عدية صحنبت عوانا لا رجل أن يرابا إلا بيناغر ألا من الملوفة تأتي أرادا बिनाइन पदरतम अलिलाफतुम वतेईपै वल माना तुरगति बरनोरतोलो माना अरिया वस्सलातु वसलामू अला सहाबी सहाबिन ने बिर सलातु सलाम உண்டवतेन वरदलो नटो ला हिसलर रफीकी उरतोतेग रफीक अलरफीक अदाना रफीकू फिल गार अदा तोटान अलगारो ओर्ततु रफीकू हो फिल गार एनो बरना ഇലാഫത്തും അൽ ഇബ്ലാമും കത്തിയിലെ പാദി അല്ലിൽ അതെല്ലാം കൂടെ ഇണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പൊ അർ റഫീഖിനും ഇതിരില്ല അർ റഫീഖിന് നേരത്തെ കൊടുത്താ പോരാത്ത സലാത്തു സലാമ് കൊടുത്താൽ പോരാന്നായി സ്പെഷ്യൽ ആക്കണോ അപ്പോ റമൂമിന് ശേഷം തഫ്സീസാക്കിലായി ടാമീമിന് ശേഷം തഫ്സീദാക്കിലായി أما فإنَّ الصلاة عليه آرثيك إني ميل لسلاة أتموه أتم مائل إلكنا منها صلاة نهكال عليهم من بوضع ربما يصعرون جاهم سأهمل ميل لسلاة نهكال أتم هاي بورثي لإلكنا من نون من ناما قوهل وصاله لأرى من ناما قوهل وصاله لأرى صلاة نهكال هم للكفر اعتروا من هم للإيمان يعمل إنهم قوهل وصاله لأرى اسم تفضيله شيء شعور ണായിരുന്നു അപ്പൊ അലി ഈ അലി ശ്രുഗത്തി പറഞ്ഞാൽ അസുളമു കാലിക്ക മിനന്നായി താരാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹബറല്ല ഇൻഷാഗാണ് സ്ഥലാത്ത് ഉണ്ടായിരിക്കട്ടെ ദ്വായിയാണെന്ന് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാവാൻ വേണ്ടി ഞാൻ അമ്മ അവനോട് കേടുന്നു എന്നായി അർത്ഥം വന്നത് കൊണ്ടുള്ള മുറാദ് ആരാകുന്നു അപ്പൊ പറയലുകൊണ്ട് പ്രത്യേകമാക്കി അതുകൊണ്ട് താമീമിന് ശേഷം തസീസ് എന്ന് പറഞ്ഞിട്ട് െ പൊട്ടിരുന്നു ഞാൻ എന്തിനാണ് വൈക്രോ ടാൻ ബി ഹാൻ അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് ബി ഋതുനി മൂപ്പറ ആ ഉന്നതമായ സ്ഥാനവെലിപ്പം കൊണ്ട് വിളിച്ചറിയിക്കാൻ വേണ്ടിയാകുന്നു ഓരാരാണ് തങ്ങളുടെ റഫീഖാണ് മാത്രമല്ല വാറിലൊന്നിച്ചിട്ടുണ്ടായിരുന്നു വാറിലാരും ഇല്ലല്ലോ അന്നാവോ അല്ലാതെ വേറാതെ പറപ്പില്ലല്ല പറപ്പിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ സിദ്ധിക്കുന്ന അവൾ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഉപരിയായി അന്നാവും അപ്പൊ മറ്റുള്ള സഹാബത്തിനില്ലാത്ത ഫുസൂസിയത്താണ് പറഞ്ഞത് ഇത് കാരണം അപ്പുതലും നെല്ലിറ്റിലാക്കി സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് മുത്തലക്കായ് അപുതലമാകുന്നു ഒരു പ്രത്യേക കാര്യം കൊണ്ട് അപലരല്ല ചിലർക്കുണ്ടാകും റിവായത്ത് കൊണ്ട് ചിലർക്കുണ്ടാകുന്ന യുദ്ധം കൊണ്ട് ചിലർക്കുണ്ടാവും ഷഹീദാമല കൊണ്ട് ചിലക്കുണ്ടാവും ഇൽമുകൊണ്ട് ചിലക്ക് സുഹൃദ് കൊണ്ട് അങ്ങനെയുള്ള ചെറുപ്പമെല്ലാം ഉത്തരക്കായ ചെറുപ്പാന്നായിരിക്കുള്ള സ്ഥിതിഗലങ്ങൾ ഇതെല്ലാം കൊണ്ടുണ്ടോ ഇനി റാറിലുള്ള മുറാപ്പക്കത്താണല്ലോ ഇവിടെ എടുത്തു പറഞ്ഞത് അതിലുണ്ട് ഇഷാറത്തും ഇലാൻ ആ മുമാക്കത്ത് മുമാവക്കത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഇഷാറത്തുണ്ട് അത് ഞാൻ അവിടെ പറഞ്ഞുതരാ അയെന്ന് അവരെ ഉന്നതമായ സ്ഥാനത്തിന് വിളിച്ചറിയിക്കൽ ഉള്ളതുപോലെ തന്നെ ആ കഥ വിശദീകരിക്കുന്നു ആ ഞാൻ ഒരു കേട്ടോ ഇല്ല അവർക്ക് അങ്ങനത്തെ കഥയെക്കുണോന്ന് പറഞ്ഞേ വൽ ആറ് എന്നുള്ള ദിശക്ക് സൗറുമലയുടെ മേൽഭാഗത്തുള്ള ഒരു ഗുഹയാകുന്നു അൽ ഹാർ എന്ന് പറഞ്ഞ കാർ അപ്പൊ വൽകാറുണ്ട് മാറുന്ന പേരാണ് ഇപ്പൊ സാധനം പ്രത്യേക ആവാറ ഉദ്ദേശിക്കുന്നു ഇന്നല്ലാണ്ട് മൊത്തത്തിലുള്ള വാർഡിനെ പറ്റിയല്ല താരിഫ് അത് ചോദിക്കൂലല്ല കാരണം താരിഫ് പറയുമ്പോൾ ഖസൂസിയ് വരുന്നുണ്ട് അഹസ്തോണ്ട് താരിഫ് അറിഞ്ഞൂല്ലേ അഹസ്തോടെ താരിഫ് അറിയുമ്പോൾ മാറഫാരായിരിക്കണം അഹസ്തായിരിക്കണമല്ലോ ഒരു ഇൻസാനിനെപ്പിച്ച് ചോദിച്ചപ്പോ മല ഇൻസാൻ ആ ഇൻസാൻ ആരാന്ന് ചോദിച്ചാൽ ആരൊക്കെ താരിഫ് പറയുമ്പോൾ മാറഫാരെന്ന് ഹാർസ ഒരു ഇൻസാനാണ് അപ്പൊ താരിഫ് ഹാസാവും അപ്പൊ താരിഫ് ഇവിടെ ഹാസാവും കൌർ ജകലിലുള്ള ഒരു ഗുഹ എന്ന് പറയുമ്പോൾ താരിഫ് അർമല്ല ഹാസല്ലേ അപ്പോൾ മുഹർമഫായ അൽവാർ എന്തായിരിക്കണം അറിയപ്പെട്ട അൽവാറായിരിക്കണം അനുഗ്രഹം ആ അതെവിടെ ഉള്ളത് അല മസീദത്തിന് മക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ നടന്നാലെത്താവുന്ന ദൂരത്താകുന്നു അപ്പോ ഒരു കിലോമീറ്റർ ഉണ്ടാവും ബീ സാഹു അലിഹി വസല്ലാ ഗുഹയിൽ പ്രവേശിച്ചു ഹുഹ തങ്ങളും തങ്ങളും പ്രവേശിച്ചു എപ്പോൾ അല്ലേ രണ്ടാളും മുഹാജിരിയങ്ങളായിക്കൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ടാളെ തേടി പിടിക്കാൻ വേണ്ടി മുഷിരിഖങ്ങൾ രംഗത്ത് വന്നു ഇവർ രണ്ടാളീ പിന്നാലെ പോയ അത്ര ഇവർ പിന്നീട് വന്നു കാലിന് ചുട്ടടി നോക്കി നോക്കി നോക്കിയിലെ കൂടെയാ പോയി കൂടിയാ പോയിന്ന് പരിശോധിച്ചിട്ട് വന്ന് അങ്ങനെ ഹത്താജാർ മേൽപറയപ്പെട്ട കാറിന്റെ വക്കത്തേക്കു എത്തി പങ്ക എല്ലാത്തരും അവിടെ വെച്ചത് അത്ര മുങ്കായി പിന്നെ എങ്ങോട്ട് പോയി ബിതം അവർ പല സ്ഥലത്തും അന്വേഷണം നടത്താൻ തുടങ്ങി അത്തുഹും ചിലർ പറഞ്ഞു ഉമ്പുറൽ മാറ ആ കാറിൻ്റെ ഉള്ളിലൊന്ന് നോക്ക് എന്ന് പറഞ്ഞു പക്കാലോ അപ്പോൾ അവർ പറയുന്നു ലൈസത്തിൽ ആ കാറിൽ ആറുമില്ല എന്നാണ് അവരുടെ പ്രതികരണം അവരെങ്ങാനും നോക്കിയിരുന്നുവെങ്കിൽ അതിനാൽ അവിടെത്തിന് ഒരു ചെറിയൊരു നോട്ടം നോക്കിയിരുന്നുവെങ്കിൽ അവർ രണ്ടാളെയും കാണുമായിരുന്നു ആ രീതിയിലെത്തി നിങ്ങൾ നോക്കേണ്ട താമസിക്കുന്നു ഒക്കത്തെത്തി നോക്കിയെങ്കിൽ രണ്ടാളെയും കാണും ശ്രദ്ധീകരണങ്ങളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കണ്ട കാല ക്രോമ കണ്ടോ നിങ്ങൾ നോക്കേണ്ട നോക്കട്ടോ പക്ഷെ അന്നാത്രത്തിന് പണ്ടല്ലോ ിനസൂലില്ലാഹുഅനീവല്ലമ്മ ത കാര്യത്തിനാണക്കുള്ള പേടി അല്ലേ ഞാൻ പോയാലോ അമൂപക്കറ പോകുന്നത് തങ്ങള് പോയാലോ പ്രേമത്തുള്ളിൽ ഞാനും റസൂലാ പോകുന്നത് അമുപ്രോ എന്നിട്ട് അവർ പറയുകയാൾ ഇന്നും അവരെങ്ങാനും കാലിന്റെ താഴോട്ടേക്കോട് നോക്കുകയാണില്ല നമ്മൾ കാണുമെന്ന് രവിയെ എന്ന് പറഞ്ഞു അനിയവത്തെല്ലാം നബിള്ളോ അനിയമത്തെല്ലാം പറഞ്ഞു ലാ തൻഇന്നുപെണ്ല്ല ഇല്ലാത്ത اِذْ أَخَذَكَ الَّذِينَ كَفَرُوا طَعْنِيَتَيْنِ اِذْهُمَا فِي الْغَارِ إِذْ يَقُولُ لِصَاحِبِهِ لَا تَحْزَنْ إِنَّ اللَّهَ مَعَنَا نَعَ سِدِّيقೇ പോടിക്കണ്ടാ ദുക്കിക്കണ്ട إِنَّ اللَّهَ మَعَنَا അല്ലാഹു തആല നമ്മളോടൊപ്പം ഉണ്ട് പോടിക്കണ്ട അപ്പോൾ അല്ലാഹുവിന്റെ വായ്യത്ത് എത്തുച്ചോണ്ടാണ്ട ആക്കിയേ സദ്ദീഖരെ സൈദാനാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സദ്ധീകരങ്ങൾക്ക് പോലും കെർബ് വന്നപ്പോൾ കെർബിനെ സമാധാനിപ്പിക്കാൻ അതിനാക്കാണ് അന്നാരമ്പതില്ലാതെ തങ്ങൾ അവിടെ ഉണ്ടായത് സജീകലങ്ങൾക്ക് അന്നാരം എത്തിമാതില്ല പക്ഷെ ഈ രംഗത്ത് ഈ തൽക്കാലം ഒരു ഒരു പശ്ചിറ്റിലേക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പ അതിനാക്കാണ് വലിയ മേൽക്കൊഴിഞ്ഞിനെ ഉണ്ടാക്കണല്ലാത്ത ഹസൻ ഹൃദി ഇല്ലാണ്ടാക്കണം അപ്പാണ് എന്തൊരു നേതൃത്വം പോണമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ ഹസിനാണ് ലജ്ഞിച്ചത് ഇന്നല്ലാഹം ആന എന്ന വശീലിയും വർദ്ധിച്ചു നമുക്ക് ഓടാന്നല്ല വന്നത് തന്റെ അവർ അവരുടെ തേലൻമേലല്ല അസ്മാബന്മാരെ ഏറ്റുമാറി ചെയ്തിട്ടല്ല എല്ലാത്തിന്റെ മേലെ അള്ളാഹുവിനെ കൊണ്ട് ഏറ്റുമാറിയതാണ് ഇന്നല്ലാമാൻ അള്ളാരെ നയ്യത്തും പറഞ്ഞുകൊണ്ടാണ് സമാധാനിപ്പിച്ചത് അപ്പം ഏത് വിഷയത്തിലും അള്ളാഹുനെ കൊണ്ട് നയ്യത്തുകൊണ്ട് സമാധാനം കാണുന്ന ശരിഹാരിക്കണിപ്പം വന്നത് അതെ ലാത്തസാഹേബൻ നല്ല യു യുക്ക ഹരൂ വനായദുല്ലക അല്ലാഹി വകാദുഹുള്ളവർദൻ മൈക്കമരദിക്കിനി ആ വഗൽ അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വതആല കുറുടാക്കി കളഞ്ഞു ആബ്സാരഹും സത്രക്കര കണ്ണിനേ അൻബുമാ രണ്ടാലതട്ടും ഏതുവല കമാ അമാ ബസായി റബും വറ ബസീറത്തിനെ വണ്ടേ ഗുട്ടുവണ്ടിടവനാള് തകള കുടിക്കാൻ വീരുന്നു അല്ലെങ്കിൽ ഈശ്വരിക്കാനല്ലേ വേണ്ടിയിരുന്നത് തീര പറയപ്പെട്ട് രണ്ട് ലംമാതലാറ രണ്ടാളും ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ വാൽ അയച്ചു കൊടുത്തു ഹമാമത്തേ രണ്ട് മാടപ്രാവിനെ അയച്ചു കൊടുത്ത് വൽ അങ്ങപ്പ ഭാദത്താ അത് രണ്ടും മുട്ടയിട്ടു അല്ല തമിഴിയ ഗുഹന്റെ വക്കത്ത് മുട്ടയിട്ടു രണ്ട് മോടപ്പുറം ആ മാണപ്രാവിന്റെ സന്തതികളാണ് ഇന്നും അധീനം കാണുന്ന മണപ്പുറാവ് എന്നാണ് ഹംസീന്റെ സലയിൽ ഉള്ളത് അതുകൊണ്ട് ആദരണീയമായ മണപ്പുറാവാണ് സഹാബി മാണപ്രാവണത് വേറെ സ്വന്തം തെട്ടിയില്ലേ സഹാബിയായ മാണപ്രാവന്ന് അതിനുണ്ടല്ല മറ്റവർക്കില്ലാത്തരം ബുദ്ധി ഏതായാലും ഇവർ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്ന ബോമിനെക്കാളെ കുറഞ്ഞ ബുദ്ധി അതിനേക്കാളും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതെ അത് മുസ്ലിമെൻ്റെ കൊണ്ടു ആ മടപ്രാവിനും മറ്റേനുമുള്ള ബുദ്ധിമുട്ടും ഇവർക്കൊന്നും കൊടുത്തില്ലല്ലോ ആ കണക്കിന് അവരേക്കാൾ പറ്റത് ഇവർക്കാണെന്ന് അപ്പൊ ഡെവർമിനെ സ്വലഭത്തോടെ പോറിയാന്ന് പറഞ്ഞു ശരിയായ മുക്കല്ലെ പൊന്നല്ലെങ്കിലും സ്വരഭ ആ തരാദികളാകുന്ന ഇതിന്റെ സന്തതികളാണ് ഇന്ന് മറിയപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പറഞ്ഞത് അതുകൊണ്ട് റൌലിയും ഹാമിദ് തന്നെ താമസമല്ലാത്തവർ ഉറപ്പിച്ചു കൊടുത്തതെന്ന് ഭക്ഷണം വേദന എവിടെയും പോണ്ടല്ലോ അതെല്ലാം ചല്ലും പ്രശ്നമല്ല തെങ്കമൂത്തിനെയും അമ്മ ചൂട് തെങ്കപൂത്തു തന്നെ വന്നാൽ ചെലുതിയില്ലേ ചെറു എന്തിട്ടോ അതിന്റെ മേലെ ആ ഗുഹന്റെ മേലെ അതിങ്ങനെ വലകെട്ടി നെയ്തു ഹത്താ കാലഭാധും ഇത് കണ്ടപ്പോൾ അവർപ്പെട്ട ചിലർ പറഞ്ഞു മാതിൽ മാ ബാലുക്കും എന്താ ജനങ്ങളെ നിങ്ങള് വിചാരിക്കുന്ന ബിൽ ആ ഗുഹനെപ്പറ്റി എന്താ വിചാരിക്കുന്നു ഇന്നൽ അങ്കമൂട്ടത്തത് ഹൈമത് അര ഹി വൽ ഹമാലി ഹീൻ അങ്കമൂട്ടതാ അവിടാ ഹൈമ കെട്ടിയിരിക്കുകയാണ് വല കെട്ടിയിരിക്കുന്നു മാടപ്പണാവാണെങ്കിൽ അതിന്റെ മുഖത്ത് മുട്ടിട്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു ഗുഹയിലാളുണ്ടാന്ന് അധികം പറയുന്നു അപ്പൊ അവർ തെളി പിടിച്ചിരിക്കുക അവർ ഇഷ്ടം പോയത് ഇങ്ങനെ സംഭവിച്ചാൽ ആൾ ടൗലാണ് സാധാരണ ഗതി അങ്ങനെ ഞാനല്ലോ അപ്പോൾ ജയനിൽ എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന അന്നമില്ലാത്തിന് ഇവർ രണ്ടാളും ഈ അവസ്ഥയിൽ ഗുഹൻ ചൂണ്ടി കടക്കാൻ നിവൃത്തിയില്ലാന്ന് അതിൽ വല പൊട്ടിപ്പോലേ മാറപ്പുറാവ് പാറുകയും ചെയ്യൂലേ മാറപ്പുറാവ് പാറുകയും ചെയ്യും വല പൊട്ടിയും ചെയ്യുമല്ല അപ്പോൾ മറിഞ്ഞു എന്നതിന് ശേഷം വില കിട്ടി ഇനി അവർക്ക് മത്സരത്തില്ല വല ഇന്ന് നസജും വഹോഹ ദുഹോണ് ശേഷം അതിന്റെ മേലെ വല കെട്ടിയതാവാൻ ഇൻകാനില്ല എന്നവർ മനസ്സിലാക്കി ദോലിന് ശേഷമാണ് സംഭവിച്ചത് അപ്പോ ആർപ്പില്ലാതെ കൊറേ ചതിരുക കടന്നാലേ വണ്ണാൻ വെച്ച് വല കെട്ടുള്ളൂ എന്നാണ് അവരുടെ വിചാരം ഇത് ഉടനടിയാക്കി വല കെട്ടിട്ടുണ്ട് ഇപ്പം തന്നെ വല കെട്ടി തീർക്കാനുള്ളത് ഉണ്ടാവൂലല്ലോ ആ وَيَدَيِ ذَالِكَ أَشَارَ صَاحِبُ البُرْدَةِ أَدَاهُ صَاحِبُ البُرْدَةِ إِمَامُ حُسَيْنِ رَضِيَ اللهُ عَنْهُ وَبِإِشَارَتِهِ وَمَا هَوَى الْغَارُو مِنْ خَيْرٍ وَبِالْكَامِ وَقُلْ ذُو فُرْقَتَيْنِ دَزَلْ قُضَارِي عَنْهُ آمِينَ فَسِيبِهِ كُلَّ وَادِ وَسِيبِهِ لَمْ يَذِمَ وَوَجِّهِ كُلُّ نَهْرٍ بِالْعَارِمِ الثَّارِي مِثْلُهُ تَا عمرو قال لَنُحَمَّامَ وَنُحَنكَ بُتَا لَا ട അതൊന്ന് വിശാലമായിട്ടൊന്ന് നോക്കണം നൂക്കുറി അതിന് മുമ്പ് അക്കസം തൂന്നു വാഴ് വാക്കുമായിട്ടുണ്ട് അക്സം തുമിൽ തമരിൽ മുൻഹോ നൂക്കുറു കസം വളർന്നിട്ടുണ്ട് അതിനൊക്കെ പറഞ്ഞു മമാ ഹവൽ ആളു ഉൾക്കൊണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അസമു തങ്ങൾക്ക് മറ്റേ ഉറങ്ങാത്ത കൺപുണ്ട് അക്സം തോമിൽ ഇത് അതിനെപ്പറ്റി ഞാൻ അതിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ